പെട്ടെന്ന് വന്നു വരിക കാരണം അങ്ങനത്തെ സംസ്കാരം പെട്ടെന്ന് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവണമെന്നില്ല പണ്ട് ധ്യാനിച്ചതുപോലെ അവരിങ്ങനെ ധ്യാനിക്കാനായിരിക്കും ഗുരുവായൂരപ്പനെ അടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ബഹളം വെക്കും പേരെക്കുട്ടി വെച്ചെന്താ മുത്തശ്ശി ഇങ്ങനെ എന്ന് പറയുന്നത് അപ്പൊ മുത്തശ്ശി പറയാണ് ഞാനിങ്ങനെ ഗുരുവായൂരപ്പനെ മനസ്സിൽ ഇങ്ങനെ കാണുമ്പോ അവരുടെ മനസ്സിൽ വരുന്നത് പണ്ട് ഗുരുവായൂരപ്പനായിട്ടൊരു മഹാഭാരത സ്ഥിതിയിൽ വന്നില്ല ഒരാളാണ് നിതീശ്വർ അയാളാണ് കിഴക്കുന്നതിന് മുത്തച്ഛയച്ച എന്ന് പറയുന്നു അപ്പൊ അയാൾ ഏതോ കോൾഗേറ്റ് പ്രശ്നവും കോൾഗേറ്റ് ബേസും പിടിച്ച് നിൽക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റിൽ വന്നിട്ടുണ്ട് ശങ്കിതേക്ര കഥാപാത്രം പോയി പിന്നെ അയാളുടെ മനസ്സിൽ വരുന്നത് അതാണ് ഇച്ഛ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഗുരുവായൂരപ്പനെ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇന്ന് ഗുരുവായൂരപ്പന്റെ സീരിയലൊക്കെ കണ്ട് ചിരിച്ചവരല്ലേ അപ്പൊ അതൊക്കെ മനസ്സിലേക്ക് അയ്യപ്പനായിട്ട് അഭിനയിക്കുന്ന അയ്യപ്പനായിട്ട് അഭിനയിച്ച ആളെ ഫോർമ്മ അതുകൊണ്ട് തുടക്കത്തിൽ ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട എവിടെ നോക്കണം സാലോക്യത്യാണ് എന്താ സാലോക്യത്യാണ് എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തെയാണോ ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തെ മുന്നിൽ പ്രതീക്ഷിക്കുക കാണാം അതിനാണ് ചിത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അവിടെയും കൺഫ്യൂഷനായി കാരണം പൂജാമുറി മുഴുവൻ ചിത്രങ്ങളാണ് ചിലത് താഴെ ചിലത് തൂങ്ങിയിട്ടും ആകെ സ്വരമുള്ള ചിത്രങ്ങളാണ് ഇതിലേത് ചിത്രത്തെ വേണം ധ്യാനിക്കാൻ പറയാൻ എല്ലാ ചിത്രങ്ങളൊന്നും ധ്യാനിക്കണ്ട ഏതെങ്കിലും ഒന്നിനെ ധ്യാനിക്കാം ഇതൊരു തോണിയിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് ലൗകിക ജീവിതത്തിന്റെ പ്രകൃതിയുടെ കരയിൽ നിങ്ങൾ പുരുഷന്റെ കരയിലേക്ക് കടക്കണം തോണിയാണ് വിഗ്രഹം തൊഴയുന്ന തൊഴയുണ്ടല്ലോ കമ്പുണ്ടല്ലോ അതിനകത്താ പറയുക പങ്ക അതാണ് നാമം എന്ന് രൂപവും വേണം ഭഗവാന്റെ നാമവും അപ്പൊ എത്ര തോണി വേണം യാത്ര ചെയ്യാൻ ഒരു കരയിൽ നിന്ന് മറകരയിലേക്ക് കിടക്കാൻ ഒരു തോണി വരും ഇതുപോലെ എത്ര രൂപം വേണം ധ്യാരിക്കാൻ ഒരു രൂപം കൺഫ്യൂഷൻ ആവരുത് മനസ്സിൽ അയ്യപ്പനോ മറ്റുള്ളവരോ കയറി ചെന്ന് വന്നു കഴിഞ്ഞാൽ പറയണം നോ അഡ്മിഷൻ അവരോട് ധൈര്യമായിട്ട് പറയണം കാരണം ഇപ്പൊ ഞാൻ എന്റെ മനസ്സിനെ കാരണം നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നതൊക്കെ അങ്ങനെയാണ് കാരണം ജിതുക്കൾ അങ്ങനെ ജന്തുക്കളാണല്ലോ കുറെ ആഴ്ചകളും മാസങ്ങളും പല പല വ്യത്യസ്ത ഉപാസനകൾ ചെയ്തിട്ട് നമുക്കാകെ കൺഫ്യൂഷനാണ് ഹിന്ദുക്കൾക്കാണെങ്കിൽ ശബരിമല സീസണായാൽ അയ്യപ്പൻ കയറി വരും ഗുരുവായൂർ ഏകാദശിയായാൽ ഗുരുവായൂരപ്പൻ കയറി വരും പിന്നീട് നവരാത്രി കാലായാൽ ദേഗിമാരൊന്നും രണ്ടുമല്ലോതിക്കേട് അവരൊക്കെ എല്ലാവരും കൂടി കയറി വരും അത് വിനായക നിർത്തി വന്നാൽ സ്വകാര്യ കയറി വന്നു ഇങ്ങനെ ആകെ കൺഫ്യൂഷനാണ് അതിനിടയ്ക്ക് രാമായണ മാസമായാൽ ഓ ശ്രീരാമൻ അതുവരെ അത് അടച്ചു വയ്ക്കും അങ്ങോട്ട് പിന്നെ അങ്ങനെ വിളിച്ചിട്ടായിരുന്നു കാരണം ഫാമിലി ലൈഫ് നയിക്കുന്ന ആളല്ലേ ഇതാണ് അവൻ നിശ്ചിത അവസ്ഥ അങ്ങനെ നമ്മള് സുന്ദരകാട വരുമ്പോ ഹനുമാൻ സ്വാമി വരും അങ്കയത്തിനെ കാണുമ്പോഴേക്കും വടമാല ഓർമ്മ വരും നോക്കണേ മനസ്സിന്റെ അവസ്ഥ അങ്ങനെയൊന്നും മനസ്സ് കോപ്പറേറ്റ് ചെയ്യില്ല ഞാൻ പറയുന്നവർക്ക് വെറുതെ അല്ല മനസ്സങ്ങനെയാണ് ഹനുമാൻ സ്വാമിയുടെ മുഖം കാണുമ്പോഴേക്കും കഴുത്തിലിട്ടിരിക്കുന്ന വടമാലയ ഉറപ്പ പിന്നെ വടമാല മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും നാവിന്റെ അവസ്ഥ അപ്പോഴേക്ക് നാവിൽ വെള്ളം വന്നു പിന്നെ ധ്യാനത്തിലിരിക്ക രാമായണം നടത്തുമ്പോഴേ അടുത്ത് രാമായണ പ്രോഗ്രാമുണ്ട് ബോംബെയിൽ വെച്ചു അപ്പൊ ഈ ഞാൻ അനുഭവപ്പെടാറുണ്ട് ഇപ്പൊ ഇടക്കിടയ്ക്കൊക്കെ അത്ര അടുത്താ വെച്ചിരിക്കമി അത് വേറൊരു രസം ഈ വടയിലൊക്കെ ഉറുമ്പ് അത് നമ്മളെ കണ്ടിക്കുന്ന ഇടയ്ക്ക് അത് വേറെ അനുഭവം ഒരു വല്ലത്ത് വടയിലെ പോകും അപ്പൊ അനുമാൻ സ്വാമിയുടെ ഒരു കാര്യമായിരിക്കണെങ്കിൽ നമ്മുടെ എഴുത്തിലാണ് വടമാനെട്ടത് എങ്കിൽ നിങ്ങളുടെ നാം എങ്ങനെ ഇരിക്കും ഇത്തിരി വടയോട് കൊതിയുള്ള ആളാണെങ്കില് ഭക്തൻ വന്നാ വിടാതിരിക്കും സ്ഥിതികൾ രസമാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലെ കാര്യങ്ങളൊക്കെ അപ്പോ ഇങ്ങനെ അനവധി ദേവതകളും ദേവന്മാരുടെയും ഉപാസന ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും ഒന്നിലും ഏകാഗ്രത വന്നിട്ടില്ല ഇവിടെയാണ് നമുക്ക് വ്യക്തത വേണ്ടത് ഞാൻ പ്രകൃതിയിൽ നിന്നും മനസ്സിനെ പുരുഷനിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് ഒരു രൂപത്തെ വേണ്ട രൂപത്തിനല്ല പ്രാധാന്യം ആ രൂപത്തിലിരിക്കുന്ന ചൈതന്യമാണ് ആ ചൈതന്യം വന്നിരിക്കുന്നത് എന്നില്ലെന്നാണ് നോക്കൂ നിങ്ങൾ ഈ കഥകളൊക്കെ നോക്കൂ വാൽമീകി എന്ന് പറയുന്ന ഒരു മഹർഷി വരെ ജീവിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ രാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഇല്ല ഉണ്ടോ ശ്രീരാമസ്വാമിക്ക് ഇവിടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചൈതന്യമാണത് അല്ലേ അപ്പൊ ശ്രീരാമസ്വാമിയിലും ഹനുമാൻ സ്വാമിയിലും സീതയിലൊക്കെ ഇരിക്കുന്ന ചൈതന്യം വാൽമീകി മഹർഷിയിലുള്ളതാണ് അദ്ദേഹം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല വ്യാസഭഗവാൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവില്ലെങ്കിൽ കൃഷ്ണനും ഇല്ല ഉണ്ടോ നിങ്ങൾക്ക് ഞാനും എങ്ങനെ അറിയും കൃഷ്ണനെ ഒരു പക്ഷെ കൃഷ്ണനേക്കാളും വലിയൊരു മഹാത്മാവ് ജീവിച്ചിരുന്നുണ്ടാവാരത്തിൽ പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതാൻ ആരും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ചിന്തിക്കുന്ന നിങ്ങൾ അപ്പൊ അതുകൊണ്ട് ഒരു ജീവിച്ചിരുന്ന വ്യക്തിയിലെ ചൈതന്യമാണ് എല്ലാ അവതാരമൂർത്തികളിലേക്ക് പകർന്നതെങ്കിൽ അവതാരമൂർത്തിക്കല്ല പ്രാധാന്യം അയാളിലിരിക്കുന്ന ആ ചൈതന്യത്തിന് തന്നെയാണ് അത് മറന്നുപോയി ഇങ്ങനെ ഒരു രൂപത്തെയും ഒരു നാമത്തെയും പിടിച്ചുകൊണ്ട് നാം മുന്നോട്ടു പോകുന്നതിനെയാണ് സാലോക്യത്യാനന്ദ നമ്മൾ അഭ്യസിക്കണം ശരിക്കും ഒക്കെ കുട്ടിക്കാലത്തെ അഭ്യസിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല മനസ്സിലാവുന്നുണ്ടല്ലോ രണ്ടാമത്തതാണ് സാരൂപ്യത്യാനന്ദ സാലോക്യം സാരൂഖ്യം സാരൂഖ്യം എന്നാൽ മനസ്സിൽ ആ രൂപം കണ്ട് ഉപാസിക്കും നേരത്തെ കണ്ണിന് പിന്നീട് അതിനെ മനസ്സിൽ കാണാം അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് കുറേ നേരം നമുക്ക് ഇരിക്കാൻ സാധിച്ചാൽ നമ്മുടെ ശരീരത്തെ മറന്നു ആരെ ഓർക്കും ഈശ്വര രൂപത്തെ ഓർത്തു ഇനി കുറെ കഴിഞ്ഞാൽ നമ്മൾ ആ രൂപത്തെ നിരന്തരം അഭ്യസിച്ച് അഭ്യസിച്ച് സാമീപ്യത്തിലേക്ക് എത്തിക്കണം സാമീപ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ ഭഗവാനുണ്ട് എന്നുള്ള ബോധം ഉറപ്പിക്കുന്നതിനെയാണ് സാമീപ്യത്യാനം അവസാനം നാം എത്തിച്ചേരേണ്ട ഒരു പടിയാണ് സായുധ്യം അതായത് ആ ഭഗവാനിൽ തന്നെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ ഞാനില്ല ആര് മാത്രമേ ഉള്ളൂ കുറച്ച് പഞ്ചസാര നിങ്ങൾ ചായയിലെടുത്താൽ പിന്നെ പഞ്ചസാര പിന്നെ ആര് മാത്രമേ ഉള്ളൂ ചായ മാത്രമേ ഇതുപോലെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി ഭഗവാനിൽ അർപ്പിച്ചാൽ ഞാനില്ല ഭഗവാൻ എന്റെ കൂടെ എപ്പോഴും ആരുണ്ട് ഭഗവാൻ എല്ലാ കാര്യങ്ങളും ആര് നോക്കുന്നുണ്ട് ഈ കോൺഫിഡൻസ് നമുക്ക് വരും അപ്പൊ ലോക ചിന്തയേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരീയ ചിന്ത പ്രഫലമാവും അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ചുറ്റുപാട് എന്ത് സംഭവിച്ചാലും അയാൾക്കത് ഒരു പ്രശ്നമല്ല എന്ന് ഇവിടെ കപില ഭഗവാൻ എടുത്തു പറയാൻ വേൾഡ് അല്ല നമ്മളെ കുഴപ്പാക്കുന്നത് ചുറ്റുപാടല്ല നമ്മളെ കുഴപ്പത്തിലാക്കുന്നത് കുടുംബജീവിതം നല്ല പ്രശ്നമാക്കുന്നത് ആ കുടുംബജീവിതത്തോടുള്ള നമ്മുടെ മനസ്സിനെ ഒട്ടലാണ് ഇതിനെ അസോസിയേഷൻ എന്ന് പറയും ഇതിന് സംഘം എന്ന് പറയും ആസക്തി എന്ന് പറയും െന്താണ് അങ്ങനെ മനസ്സിനെ അതിൽ നിന്നും ഇതെല്ലാം അനുഭവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന പുരുഷനിലേക്ക് കൊണ്ടുവരണം അങ്ങനെ പുരുഷനിലേക്ക് പെട്ടെന്ന് വരില്ല മനസ്സ് അവിടെ നിന്ന് അങ്ങോട്ട് വരില്ല അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു നാമവും രൂപവും പിടിച്ചുകൊണ്ട് ക്രമേണ മനസ്സിനെ അങ്ങോട്ട് വലിച്ചു വലിച്ചു വലിച്ചു കൊണ്ടുവരണം തസ്മാ കേലോപ്പിപായേന മനകൃഷ്ണേ നിവേചയൽ മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരണോ ഭഗവാനിലേക്ക് കൊണ്ടുവരണോ അങ്ങനെ ഒരു വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ പ്രകൃതിയിൽ എന്ത് സംഭവിച്ചാലും ആർക്ക് ആ മനസ്സിന് ബാധകമല്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് സ്വന്തം ജീവിതാനുഭവം നോക്കിയ വേഗം മനസ്സിലാവും ഒരു വീട്ടില് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളാണ് എനിക്കറിയുന്നൊരു കേസാണ് മൂത്തവണ് കല്യാണം കഴിഞ്ഞു രണ്ടാമൂത്തവണ്ണ കല്യാണം കഴിഞ്ഞിട്ടില്ല അതിനിടയ്ക്ക് അച്ഛൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു അമ്പത്തിരണ്ട് വയസ്സിലായാലും മരിച്ചു ആ വീട്ടിൽ അന്ന് ഞാൻ പോകുമ്പോൾ പോവും മൂത്ത മകൾക്ക് കുട്ടിയില്ല ആ കുട്ടിക്ക് അറിയില്ല അച്ഛന്മാര് മുത്തശ്ശൻ മരിച്ചു കിടക്കുന്നത് അവൾ ആ കുട്ടിച്ചെടിയ പെൺകുട്ടിയാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് മുത്തശ്ശനോട് ഇടയ്ക്ക് മരിച്ചു കിടക്കുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് വെറും കുട്ടിക്ക് അറിയില്ലേ മരിച്ചതാണെന്ന് മൂത്ത പെൺകുട്ടി ഇടയ്ക്ക് ആ കുട്ടിയെ എടുത്തുകൊണ്ടുവരും അമ്മയൊക്കെ റൂമിൽ ഓരോ മുറിയിലിരുന്ന് കരയിലും പിഴുകിലും ഒക്കെ ഉണ്ട് അവിടെ രണ്ടാമത്തെ പെൺകുട്ടി ഉണ്ടല്ലോ അവള് മെന്റലി കംപ്ലീറ്റ് അപ്സെറ്റാണ് മരണത്തില് അച്ഛന്റെ മരണത്തില് മൂത്തവൾ അത്ര അപ്സെറ്റല്ല എന്തായിരിക്കാം കാരണം അച്ഛന്റെ മക്കള് ഒരുപോലെ വളർത്തിയ മക്കള് ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ മറ്റൊരാളുമായി അസോസിയേഷൻ കൂടിയപ്പോ അച്ഛനോടുള്ള അസോസിയേഷൻ കുറഞ്ഞപ്പോ അച്ഛന്റെ മരണം അവള് തളർത്തിയില്ല എന്നാൽ രണ്ടാമത്തവളെ സംബന്ധിച്ച് മറ്റൊരാളോട് അസോസിയേഷൻ ഇല്ലാത്തതുകൊണ്ട് അച്ഛനോടുള്ള അസോസിയേഷൻ കൂടുതലായതുകൊണ്ട് അച്ഛന്റെ മരണം അവളെ അച്ഛന്റെ മരണമല്ല തളർത്തുന്നത് ആ വ്യക്തിയോടുള്ള നമ്മുടെ അസോസിയേഷനാണ് ഇതിൽ യാതൊരു സംശയമില്ല ഉണ്ടോ അപ്പൊ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് എത്ര കണ്ട് ഈശ്വരനോട് നമുക്ക് അസോസിയേഷൻ കൂടുന്നു അത്ര കണ്ട് ലൌകിക പ്രശ്നങ്ങൾ നമ്മളെ സ്വാധീനിക്കില്ല എന്നുള്ളത് നമ്മൾ വളരാൻ തുടങ്ങിയാൽ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് പലരും വളരാൻ തയ്യാറല്ല അവർ നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് കുടുംബ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത് അതുകൊണ്ട് എവിടുന്ന് തുടങ്ങണം രാവിലെ നീക്കണം മനസ്സിനെ ശുദ്ധമാക്കി ഭഗവാനെ ധ്യാനിക്കണം അതിൽ നാല് കാര്യങ്ങൾ പറഞ്ഞു സാലോക്യം സാരൂപ്യം സാമീപ്യം സയോജ്യം ഇപ്രകാരം ചെയ്തുകൊണ്ട് അമ്മേ ക്രമേണ ക്രമേണ രുചി കൊണ്ടുവരു എന്ന് പറയാൻ എന്നിട്ടോ അടുത്ത ശ്ലോകത്തിൽ പറയണോ മമകുണകണലീല കർണനീകീർത്തനാ മൈസുരസോക രക്തിത്ത വൃത്തി പരമവർത്ത താഴി മൃത്യോ പറയുന്നു ഈ ശ്ലോകം ശ്രദ്ധിക്കണേ മമ ഗുണഗണലീലാ കർണനീ ഭഗവാന്റെ കീർത്തനങ്ങളും കഥകളും കേട്ടുകൊണ്ട് ക്രമേണ ക്രമേണ നാമസങ്കീർത്തനം കേട്ടുകൊണ്ട് വൃത്തി പ്രകാരമാണോ ഗംഗ സുരസരികം ഗംഗ ഒഴുകി ഒഴുകി ഒഴുകി ഒഴുകി കടലിലെത്തിച്ചേരുന്നത് സാഗരത്തിലെത്തിച്ചേരുന്നത് ഇതുപോലെ മനസ്സ് നാമസ്മരണത്താൽ പ്രേമസ്മരണത്താൽ നിരന്തരം ഭഗവാനെ സ്മരിച്ച് സ്മരിച്ച് ഭഗവാനിലേക്ക് എത്തുന്നത് പരമഭക്തി എന്ന് പറയുന്നു ഭഗവാനിലുള്ള പരമഭക്തി എന്താ പരമഭക്തി എപ്രകാരമാണോ ഗംഗ ഒഴുകി ഒഴുകി ഒഴുകി കടലിലേക്ക് എത്തിച്ചേരുന്നത് ഇതുപോലെ നാമസങ്കീർത്തനത്തെക്കൊണ്ട് മനസ്സ് കൂടുതൽ കൂടുതൽ പുരുഷനായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് എത്തുന്നതിനെയാണ് പരമഭക്തിയും ഈ പരമഭക്തി ഉണ്ടെങ്കിൽ മൃത്യു വിജയിത്രി അവർ മൃത്യുവിനെ വിജയിക്കും അവർക്ക് എന്തുണ്ടാവില്ല മരണം എന്ന് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ ശരീരം നശിച്ചാലും പുരുഷൻ നശിക്കാത്തതുകൊണ്ട് മനസ്സ് പുരുഷന്റെ കൂടെയായതുകൊണ്ട് മൃത്യു സംഭവിച്ചാലും അതിനവരെ തളർത്താൻ സാധ്യമല്ല നേരത്തെ പറഞ്ഞല്ലോ അച്ഛന്റെ മരണം മകളെ തളർത്താത്തതിന് കാരണം മകളുടെ അസോസിയേഷൻ അച്ഛനിൽ നിന്നും മറ്റൊരാളിലേക്ക് വന്നതുകൊണ്ട് അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല അച്ഛന് സംഭവിച്ച അവളെ ഇതുപോലെ പുരുഷനെ യാതൊന്നും സംഭവിക്കാത്തോടത്തളം കാലം ആ പുരുഷനുമായി മനസ്സ് അസോസിയേഷൻ ചെയ്യുമ്പോൾ പ്രകൃതിക്ക് വല്ലതും സംഭവിച്ചാലും അതാരെ ബാധിക്കുകയില്ല മനസ്സിനെ ബാധിക്കുകയില്ല നമ്മുടെ മനസ്സിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മനസ്സിനെ കാരണം കണ്ടെത്തി ആ മനസ്സിനെ നമ്മൾ ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ പ്രോബ്ലം ഇൻ അവർ ലൈഫ് ഓൾ പ്രോബ്ലം എക്സിസ്റ്റ് ഇൻ അവർ മൈൻഡ് ഈഫ് അവർ ടേക്സ് അവർ മൈൻഡ് ഫ്രം ദ ബോഡി ടു ദി സ്പിരിറ്റ് എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നിവിടെ ഉറപ്പു പറയാൻ ഇതിട്ടോ എന്നാൽ ഏതൊരു വ്യക്തിയാണോ അതിലേക്ക് ഉയരാത്തത് പറയണോ അഹഹ ബഹുലഹിംസിതാർത്ഥി കുടുംബം പ്രതിദിന മനപുഷ്ണൻ ശ്രീജിതോ ബാലരാളി വിശദഹീനസക്തോ ജാതനമയ്യവക്ലിത്തൈനഗാദീ ഒരാള് മൃത്യുവിനെ ജയിക്കുന്നു മറ്റൊരാള് യാതനാം അയാള് യാഥന അനുഭവിക്കുന്നു ആരാ യാതന അനുഭവിക്കുന്നത് മയി അഭക്ത മനസ്സിനെ അല്പം പോലും എന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ പ്രേമപൂർവം നാമം ചെല്ലാനോ ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ക്രമേണ പ്രകൃതിയിൽ നിന്നും മനസ്സിനെ പുരുഷനായിരിക്കുന്ന ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ ബഹുരഹിംസ പലരെയും സഞ്ചിതാർത്ഥി കുടുംബം പലതും സഞ്ചയിച്ച് നേടിക്കൊണ്ട് കുടുംബം പുലർത്തുന്നവൻ പ്രതിദിനമനുഭുഷ്ണൻ അയാളുടെ മനസ്സ് മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നത് എവിടെയാണ് കുടുംബജീവിതത്തിലാണ് സ്ത്രീജിതോ ബാലരാളി മക്കളും തുടങ്ങിയ കുടുംബജീവിതത്തിൽ മാത്രം മനസ്സുമൊഴുകിച്ചിരിക്കുന്ന ആള് ഗൃഹസക്തോ അവനെയാണ് എന്ത് വിളിക്കുക ഗൃഹസക്തൻ ഗൃഹത്തിൽ ആസക്തനായിരിക്കുന്നവൻ യാതനാം അവൻ യാതനൻ അനുഭവിക്കുന്നു അവൻ ആരല്ല ഭക്തനല്ല കാരണം അവന്റെ മനസ്സ് മുഴുവൻ മുഴുകിയിരിക്കുന്നത് പ്രകൃതിയിലാണ് കുടുംബജീവിതത്തിലാണ് അത് തന്നെ സത്യമെന്നവൻ കരുതുന്നു അതിൽ തന്നെ മനസ്സ് മുഴുകിയിരിക്കുന്നവൻ ഭക്തനല്ല അവൻ നരകം ബാധ്യസ്ഥനാണ് അവൻ ഒരിക്കലും മൃത്യുവിനെ ജയിക്കാൻ സാധ്യമല്ല ഇപ്രകാരം കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശം കൊടുത്തു മനസ്സിലാവുന്നുണ്ടല്ലോ ആരാണ് ഈ അനുഭവിക്കുന്നത് ഗൃഹത്തിൽ ആസക്തനായി അതിൽ മാത്രം മനസ്സുമൊഴുകി മനസ്സിനെ അതിൽ നിന്നും വേർപ്പെടുത്താൻ ശ്രമിക്കാതെ ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ടും ഭഗവാന്റെ രൂപസ്മരണം കൊണ്ടും മനസ്സിനെ പുരുഷനായിരിക്കുന്ന ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാത്ത ഒരാളെയാണ് കുടുംബ പ്രശ്നങ്ങളെല്ലാം സ്വാധീനിക്കുന്നു നോക്കൂ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് കാണാം ദൈവമല്ല നമ്മുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് ആണോ ഭഗവാനല്ല നമ്മുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് പ്രശ്നം പരിഹരിക്കേണ്ടത് കാരണം പ്രകൃതി പ്രകൃതിയിൽ കുടുങ്ങിയിരിക്കുന്നത് നമ്മുടെ മനസ്സാണ് നീ ആ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പൊ ഈ പ്രാർത്ഥനകൾക്കൊക്കെ അർത്ഥമുണ്ടോ വഴിപാടിനൊക്കെ വാസ്തവത്തിന് വല്ല അർത്ഥമുണ്ടോ നിങ്ങൾ കുടുംബജീവിതത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ അമ്പലത്തിൽ ചെന്ന് വഴിപാട് ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ മനസ്സിലായത് നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊക്കെ ചെയ്യാൻ കൊണ്ടും അർത്ഥമുണ്ടോത്തരം പറയാത്തത് വാസ്തവത്തിൽ വല്ല അർത്ഥമുണ്ടോ ഇല്ല ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുള്ളത് കാരണം നിങ്ങൾ അതുമായി മനസ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് നീ ആ പോകാൻ എന്താ വഴി വഴിപാട് നടത്തുകയല്ല വേണ്ടത് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് പ്രവൃത്തിക്കുകയാണ് വേണ്ടത് എന്താ പ്രവൃത്തി നാമസങ്കീർത്തനം കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് മനസ്സിനെ പ്രകൃതിയിൽ നിന്നും ആരിലേക്ക് കൊണ്ടുവരണം അത് കൊണ്ടുവരാത്തോടത്തോളം കാലം പ്രകൃതിയിലെ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ നിങ്ങൾ വെറുതെ വഴിപാട് ചെയ്ത് കാശ് ശരിക്കും വഴിപാട് ചെയ്യുന്നത് അത് തെറ്റൊന്നുമില്ല വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വഴിപാട് എന്നുള്ള വാക്കിന് ശരിക്കുള്ള അർത്ഥം സമർപ്പണം എന്നാണ് വഴിപാട് ഈ പറഞ്ഞാല് അതെന്ത് പാടാണ് വഴിപാട് വഴിപാട് വഴിപാട് എന്ന് പറഞ്ഞാൽ സമർപ്പണമെന്നാണ് ഇവിടെ നിങ്ങൾ കാശല്ല സമർപ്പിക്കേണ്ട സമർപ്പിക്കേണ്ടത് മനസ്സിനെയാണ് അത് സമർപ്പിക്കാതെ വെറുതെ കാശ് കാര്യം ആളുകൾ അതാ പത്ത് രൂപ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ ശിവൻ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് ശരി ഇതിന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കാമായിരുന്നു അതിന് സൗകര്യം ഇല്ലേ പക്ഷെ ശിവന് പ്രശ്നമുണ്ട് രൂപയ്ക്ക് പേരെ നൂറ് രൂപ കൊടുക്കുന്ന ഒരാൾ വന്നാലോ ഞാൻ പറയില്ലേ ഇന്നലെ ഒരാൾ വന്നിട്ട് പറയാപ്പ വലിയ പ്രശ്നം കേട്ടോ മക്കളൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ ഒന്ന് സെറ്റിൽ ചെയ്ത് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചു തരണം ഇതൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു തൊട്ടപ്പുറകിൽ ലോയറായിരിക്കുന്നത് ഒരു അഡ്വക്കേറ്റ് പ്രാർത്ഥിക്കുക ആളെന്നാ പ്രാർത്ഥിക്കുക രുവായപ്പ കേസുകളൊക്കെ വളരെ കുറവാണ് ഓരോ വീടുകളിലും ധാരാളം കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് കാരണം അയാൾക്ക് പ്രശ്നം ഉണ്ടായി അയാൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ ഗുരുവായപ്പന ഏതാ കേൾക്ക് ഒരു അച്ഛന്റെ കഥ പറഞ്ഞ പോലെ അച്ഛന്റെ രണ്ട് മക്കളാണ് പെൺകുട്ടികൾ ഒരാളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പപ്പടം ഉണ്ടാക്കുന്ന ഒരാൾക്ക് വേറൊരാളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കൃഷി നടത്തുന്ന ഒരാൾ ഒരു ദിവസം മകളെടുത്ത് ചെന്നപ്പോൾ മകൾ പറഞ്ഞു കൃഷിക്കാരന്റെ മകള് പറഞ്ഞു അല്ലെങ്കിൽ കൃഷിക്കാരനെ കല്യാണം കഴിച്ച മകള് പറഞ്ഞു മഴ പെയ്യാത്തതുകൊണ്ട് അച്ഛ കൃഷി നേരിയാവില്ല മറ്റുള്ള അച്ഛനോട് പറയാണ് വെയിൽ വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് പപ്പടം ഓണം രണ്ടു പേരും നൂറ് രൂപ വീതം കൊടുത്തു അച്ഛന് ഗുരുവായൂർ അമ്പലത്തിൽ ഡാങ് നോക്കൂ ഇതേതാ അച്ഛൻ പ്രാർത്ഥിക്കുക മഴ പെയ്യണമെന്ന് പ്രാർത്ഥിച്ചാൽ പപ്പടക്കാരുടെ കയ്യിൽ മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചാൽ അപകടമായില്ലേ ഒരു രണ്ട് മക്കൾ കാരണം അച്ഛന്റെ കഷ്ടപ്പാട് നോക്കൂ അച്ഛനെന്ത് ചെയ്തു ആ പൈസയും കൊണ്ട് ഹോട്ടലിൽ പോയി രണ്ട് നെയർഹൗസ് അടിച്ചു പോകുന്നു അല്ല എന്ത് ചെയ്യാൻ പറ്റുമോ ദൈവത്തിനെ പറ്റി ചെയ്യാൻ പറ്റുമോ ഗുരുവായൂരപ്പനെയും പറ്റിയാൻ പറ്റില്ല ചിന്തിക്കും നിങ്ങൾ അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചത് ഒരു ദൈവത്തിനും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ സാധ്യത ഉറപ്പിക്കണം നമ്മള് ദൈവമല്ല പരിഹരിക്കേണ്ടത് പരിഹരിക്കേണ്ടത് ഉദ്ധരേത് നമ്മൾ തന്നെ വേണം മനസ്സിനെ പിടിച്ചുകൊണ്ടു വരാൻ കാത്തിരിക്കുന്നുണ്ട് ഒരു പ്രശ്നങ്ങളില്ലാത്തവനാണ് ആര് ദൈവം കാത്തിരിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി പിന്നെ ഒരു പ്രശ്നമില്ല സർവധർമാൻ പരിത്യജ്യ അത് നമ്മൾ ചെയ്താൽ മതി ഭഗവാൻ പറയുന്നുണ്ട് മോക്ഷയിശയാണ് ഞാൻ റെഡിയാണ് പിടിച്ച് ഉയർത്താൻ ഞാൻ തയ്യാറാണ് പക്ഷെ നിങ്ങൾ എന്നെ വിട്ടു തരണം ഇല്ലേ നിങ്ങൾക്കൊരു സ്റ്റെപ്പ് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു താഴെ നിൽക്കണം സ്റ്റെപ്പ് കയറണം ഉദാഹരണത്തിന് നിങ്ങൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരികയാണ് അപ്പൊ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത് വിചാരിക്കുക അവിടെ നിന്നാണ് വരുന്നത് അപ്പൊ ഉടനെ തന്നെ അനൌൺസ്മെന്റ് വന്നു ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിട്ടെടുത്ത് തരുന്നു ഉടനെ തന്നെ നിങ്ങൾ വട്ടിയും കുട്ടിയും പെട്ടിയിട്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ കയറി ഇറങ്ങണല്ലോ എന്ന് നിങ്ങൾ താഴെ ട്രാക്കിൽ ഇറങ്ങി സാധനം ഓരോന്ന് ഓരോന്നൊക്കെ വെച്ച് ഇനി നിങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലേസം സൈസുള്ള ഒരാളാണെങ്കിൽ കയറാൻ പറ്റില്ലെങ്കിൽ നിങ്ങളിതീം ഒരു സപ്പോർട്ടിന് വേണ്ടി ആരെങ്കിലും നോക്കുന്നു കൈ പിടിക്കുന്നു നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ കൈ ആദ്യം കാണിച്ചു കൊടുക്കണ ഞങ്ങക്ക് നിങ്ങളുടെ കൈ നിങ്ങൾ കാണിച്ചു കൊടുക്കാതെ നിങ്ങൾ പറയാമോ സൗകര്യം അല്ലേ പൊക്കി തരുമെന്ന് അയാൾ പറയും ട്രെയിൻ വന്നാൽ നിങ്ങളെ പൊക്കണ്ട ആവശ്യത്തിന് നിങ്ങൾ പൊക്കിയിരിക്കുന്നു അല്ലെ ശരിയല്ലേ അപ്പൊ നമ്മൾ നമ്മുടെ കൈ കൊടുത്താലേ അവർക്ക് നമ്മളെ പൊക്കാൻ സാധിക്കും ഇതുപോലെയാണ് ഭഗവാൻ പറയുന്നത് സർവ്വധർമാൻ പരിത്യച്ച നിങ്ങള് നിങ്ങളെങ്ങോട്ട് വിട്ടു ഞാൻ പൊക്കിയിട്ട് തോളാം അതിന് പകരം അമ്പലത്തിൽ ചെന്നിട്ട് ഭഗവാനോട് പറയുക പൊക്കിക്കോന്നാണ് ഞാൻ പത്ത് രൂപ ഭണ്ഡാരത്തിലിട്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ മാറിക്കൊള്ളണം കാരണം ഹിന്ദുമതം അതിന് കുടുങ്ങിപ്പോയി ഒരു തെറ്റായ ധാരണയിൽ കുടുങ്ങിപ്പോയി അങ്ങനെയാണ് ഇന്നത്തെ സമൂഹം വെച്ചിരിക്കുന്നത് അതിൽ ജ്യോത്സ്യന്മാർക്ക് നല്ലൊരു പങ്കുവുണ്ട് അവരിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചു നിങ്ങളൊന്നും ചെയ്യേണ്ട എല്ലാം ദൈവം ചെയ്തു അങ്ങനെ എവിടെയും ശാസ്ത്രത്തിൽ പറഞ്ഞില്ലേ പറഞ്ഞുണ്ടെങ്കിൽ ഭഗവാൻ ഇങ്ങനെ പറയൂ ആരാണോ ഗൃഹത്തിൽ ആസക്തനായിരിക്കുന്നത് അവൻ എന്റെ ഭക്തനല്ല എന്നൊക്കെ ഭഗവാൻ പറയുകയാണെങ്കിൽ ആരാണോ എന്നിലേക്ക് മനസ്സ് തിരിയാത്തവൻ അവനൊരിക്കലും ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ടു ഹ് ടു ഡിസൈഡ് അല്ലേ നമ്മളാണ് നേരെയാവേണ്ടത് സോ നമ്മൾ ചിട്ടയോടുകൂടി ജീവിച്ച് ക്രമേണ ക്രമേണ ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ ശനൈ ശനൈരൂപരമേ ബുദ്ധിയാകൃതി ഗൃഹീതയാ ആത്മസംസ്തം മനകൃത്വ ശനിയാഴ്ച ശനിയാഴ്ച എന്താ പള്ളി പള്ളിയിൽ ഞാൻ അടച്ചു പോകുന്ന പോലെയാണോ അല്ല ക്രമേണ ക്രമേണ ദിവസവും കുറച്ചു നേരം കുറച്ചു നേരം നേരത്തെ എണീറ്റ് ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഭഗവത്കാര്യത്തിന് ചെലവഴിച്ച് ഭഗവാൻ ഗീതയിൽ പറയും യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ണ കർമ്മസു യോഗോ ഭവതി ദുഃഖ നിങ്ങള് ഭക്ഷണത്തിന് സമയം ചെലവഴിക്കണോ ഉറങ്ങാൻ സമയം ചെലവഴിക്കണോ സീരിയലിന്റെ സമയം ചെലവഴിക്കണോ കുറച്ചു സമയം ഭഗവത്കാര്യത്തിന് ചെലവഴിക്കൂ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കും അതിനെന്ത് വേണം ക്രമേണ ക്രമേണ മനസ്സ് ഒരു കരയിൽ നിന്നും മറുകരയിലേ പ്രകൃതിയുടെ കരയിൽ നിന്നും പുരുഷന്റെ കരയിലേക്ക് നീങ്ങണം ഇനി അങ്ങനെ സാധിക്കാതെ ഏതൊരു വ്യക്തിയാണോ ജീവിതത്തിന്റെ ലൗകിക സുഖങ്ങളിൽ മുഴുകിയിരിക്കുന്നത് അവരുടെ അനുഭവങ്ങൾ എന്തായിരിക്കും യുവതി ചടരകിന്നോ യാതബൂതോപ്യകാണ്ടേ പ്രസവകളിതബൂത ഇടയോ ലങ്ക ബാല്യം പുനരവിപതമുഹ്യതി ഏവ യുവതി ഘടരകിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വീഴുന്ന ജീവൻ അവിടെ നാളെ തുടങ്ങുന്നത് പിന്നീട് എന്തിനോ അകാണ്ടേ ജാതബോധ അഭി പ്രസവകളിതബോധ പല പൂർവജന്മസ്മൃതി ഉണ്ടായെങ്കിലും പിന്നീട് ആ പ്രസവ പ്രസവസമയത്ത് അതെല്ലാം എല്ലാം പോയിട്ട് പ്രസവഗളിത ആ സമയത്തെല്ലാ ബോധവും പോയിട്ട് പീഡയ ബാല്യം ഉല്ലംഘ്യ പിന്നീട് ചെറുപ്പകാലം മുതലേ ലൌകിക ജീവിതത്തിൽ മാത്രം ആസക്തനായി കാരണം സമൂഹം അവനെ അതിലേക്കാണ് അത് തന്നെ ജീവിതം തെറ്റിദ്ധരിച്ച് അതിൽ തന്നെ മുഴുകിക്കൊണ്ട് താരുണ്യകാലേ മുഖ്യതി തന്റെ യൗവനകാലം മുഴുവൻ ലൌകിക ജീവിതത്തിന്റെ ആസക്തിയിൽപ്പെട്ട് അതിനുവേണ്ടി സമയം മുഴുവൻ ചെലവഴിച്ച് അത് തന്നെ തെറ്റിദ്ധരിച്ച് ക്രമേണ ക്രമേണ ജീവിതം ദുഃഖത്തിലേക്ക് നയിക്കുന്നു പറയുകയാണ് അപ്പൊ ഈ ജീവന്റെ ഗതി മുപ്പത്തൊന്നാം അധ്യായത്തിൽ പറയും കപില ഭഗവാൻ അതിവിടെ എന്തൊക്കെയാണ് ജീവന്റെ ഗതി പറയുന്നത് ജീവന്റെ പൊക്കിൾ വഴി കഴിക്കാൻ തുടങ്ങും ആറാമത്തെ മാസം പ്രകൃതിയിൽ മാറ്റമനുസരിച്ച് മുകളിൽ തലവെച്ചിരുന്ന കുട്ടി നേരെ താഴോട്ട് തലതൂക്കിടും ആ സമയത്ത് ബോധം ഉണരുന്നാണ് അവിടെ വച്ച് അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ഒരു ഗർഭപാത്രത്തിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്ന മലമൂത്രങ്ങളിലുള്ള കൃമികൾ കടിച്ചുകൊണ്ടുള്ള വേദന മറു അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന എരിവിന്റെയും പുളിയുടെയും വേദനകൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ആ ഗർഭപാത്രത്തിൽ വെച്ച് പ്രാർത്ഥിക്കും അത്രേ ഈശ്വര ഇനിയും ഇങ്ങനെയുള്ളൊരു വേദന അനുഭവിക്കാൻ എനിക്ക് യോഗം വരരുതെന്ന് അതിനെന്നെ ഉയർത്താൻ സാധിക്കണമെന്ന് പക്ഷേ പ്രസവ സമയത്ത് ഈ പറഞ്ഞതും വിചാരിച്ചതെല്ലാം മറന്നുകൊണ്ട് വീണ്ടും ലൌകിക ജീവിതത്തിന്റെ തൃഷ്ണയിൽ അത് തന്നെ കരുതി മനസ്സിനെ തൊണ്ണൂറ്റിയൊൻപത് കുടുംബജീവിതവുമായി ലൌകിക ജീവിതമായി ബന്ധിപ്പിച്ച് പിന്നെ റിട്ടയർമെന്റ് ശേഷം മനസ്സിനെ അങ്ങനെയൊന്നും ആ കുടുംബജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യല്ല മനസ്സ് ദൈവത്തിലേക്ക് തിരിയുമെങ്കിലും പെട്ടെന്ന് എങ്ങനെ തന്നെ പോവും ഈ കൂട്ടിലിട്ട പട്ടിയെപ്പോലെയാണ് കൂട്ടിലിടുന്ന സമയത്ത് കുറച്ചു നേരം ആണെങ്കിൽ കിടക്കും കൂടങ്ങോട്ട് തുറന്നുകഴിഞ്ഞാൽ അപ്പോഴത് ഓടാൻ തുടങ്ങും ഇതുപോലെ മനസ്സ് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നേരത്തൊക്കെ ദൈവ വിചാരം വരും വീണ്ടും അത് ലൌകിക വിചാരങ്ങളിലേക്ക് അങ്ങനെ മുഴുകും അതുകൊണ്ട് പ്രായം കൂടുന്തോറും സ്വസ്ഥതയും സമാധാനവും കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇതാരുണ്ടാക്കി വെച്ച കുഴപ്പമാണ് നമ്മൾ തന്നെ വിവേകമില്ലാതെ ജീവിച്ചതിന്റെ കുഴപ്പമാണ് മനസ്സ് ലൌകിക ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത് തന്നെ ഏതിലും ഇൻവോൾവ് ചെയ്യേണ്ടതായിരുന്നു കാരണം അതാണ് സത്യം അതില്ലാതെ മനസ്സിന് നിൽക്കാൻ പറ്റില്ല ഈശ്വര സാന്നിധ്യം ശരീരത്തിലില്ലെങ്കിൽ ആർക്ക് നിൽക്കാൻ പറ്റില്ല ശരീരമുള്ളതുകൊണ്ടല്ല മനസ്സ് നിൽക്കുന്നത് ശരീരമുള്ളതുകൊണ്ടാണ് മനസ്സ് നിൽക്കുന്നതെങ്കിൽ മരിച്ച ഡെഡ് ബോഡിയിലും ആരുണ്ടാവണം ഇവിടെ വന്നില്ലേ നിങ്ങൾ ശരീരമുള്ളതുകൊണ്ടാണ് മനസ്സ് ശരീരത്തിൽ നിൽക്കുന്നതെങ്കിൽ മരിച്ച ഡെഡ് ബോഡിയിലും എന്ത് വേണം മനസ്സ് നിൽക്കണം മനസ്സ് ശരീരമുള്ളത് കൊണ്ടല്ല നിൽക്കുന്നത് ഉള്ളിലൊരു ചൈതന്യമുള്ളത് കൊണ്ടാണ് മനസ്സ് നിൽക്കുന്നതെങ്കിൽ മനസ്സിന് കൂടുതൽ അടുക്കേണ്ടതും ആരോടായിരിക്കണം ചൈതന്യത്തോടായിരിക്കണം അത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് ദുഃഖിക്കാനേ നിവൃത്തിയുള്ളൂ പറയാനേ അപ്പൊ നമ്മൾ തന്നെയാണ് വിവേകമില്ലാതെ ജീവിച്ച് നമ്മുടെ ജീവിതത്തിന്റെ താളം ആ സ്റ്റെപ്പുകൾ തെറ്റിക്കുന്നത് ക്രമേണ ക്രമേണ നമ്മൾ മാറ്റിക്കൊണ്ടുവരണം എന്ന് വരികയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു പിതൃസുരഗണയാജീ ധാർമ്മികോ യോഗസ്ഥ സജനിപദതിഗാലേ ദക്ഷിണോ ദക്ഷിണാദോവഗാമീ മയുനിഹിതകാമം കർമ്മദൂതുപദാർത്ഥം കപിലതനിക്തം ഏവഗുത്തി വളരെ ധാർമ്മികരായിട്ട് ജീവിക്കുന്ന ഗ്രഹസ്ഥന്മാരാണെങ്കിൽ പിതൃക്കളെ സന്തോഷിപ്പിക്കുന്നു അയാൾ തർപ്പണം ശ്രാദ്ധം എല്ലാം ഊട്ടും അതുപോലെ അച്ഛനമ്മ അവരെയൊക്കെ നോക്കിക്കൊണ്ട് ഭാര്യ മക്കൾ അവരെയൊക്കെ നോക്കിക്കൊണ്ട് ചീലിക്കുന്നു കുറച്ചു സമയൊക്കെ ആത്മീയമായി ചെലവഴിക്കുന്നു അങ്ങനെ ധാർമ്മികമായി ജീവിക്കുന്ന ആളുകൾ ഗ്രഹസ്ഥന്മാർ ദക്ഷിണോദ്വാപകാമി രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ഉത്തരമാർഗ്ഗവും ദക്ഷിണമാർഗവും ദക്ഷിണ എന്ന് പറഞ്ഞാൽ ചന്ദ്രമാർഗം എന്ന് പറയും പോയവരെല്ലാം തിരിച്ചുവരുന്ന മാർഗ്ഗം അതായത് ധാർമ്മികനായി ജീവിച്ചാൽ പോലും നാം ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ വീണ്ടും ആ മനസ്സ് തിരിച്ചുവരേണ്ടതുണ്ട് നിങ്ങൾ സയൻസ് മനസ്സിലാക്കിയെന്നെങ്കിൽ വേഗം മനസ്സിലാവും ഏത് മനസ്സ് തിരിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ ഏത് മനസ്സ് തിരിച്ചുവരും ഏത് മനസ്സിന് പുനർജന്മമുണ്ട് ഏത് മനസ്സാണോ അതിന്റെ ഉറവിടമായ ഈശ്വര പൂർണ്ണമായി ലയിക്കാത്തത് ആ മനസ്സിന് തിരിച്ചു ഏത് ശരീരമാണോ മണ്ണിനോട് പൂർണ്ണമായി ലയിക്കാത്തത് അതുവരെ ശരീരം അതുപോലെ കിടക്കണം അല്ലേ അപ്പൊ നമ്മളെ കത്തിക്കുന്നതിന് പകരം കുഴിച്ചിട്ടു മണ്ണിൽ മൂടിയിട്ട് വിചാരിക്കുക ഈ ശരീരം ദ്രവിച്ച് ദ്രവിച്ച് ദ്രവിച്ച് മണ്ണിലേക്ക് ചേരുന്നത് ശരീരം ശരീരമായി തന്നെ മണ്ണിൽ കിടക്കും എത്ര കാലം എത്ര കാലം എത്ര കാലം കൊണ്ടത് ദ്രവിച്ച് ചേരുന്നത് ഇതുപോലെ മനസ്സ് എത്ര കാലം കൊണ്ട് ഭഗവാനിലേക്ക് എത്തും എത്ര കാലം കൊണ്ട് നമ്മൾ പ്രയത്നിച്ച് പ്രയത്നിച്ച് അവിടെ എത്തിക്കേണ്ടതോ അത്ര കാലം അത് എത്താത്തോടത്തോളം കാലം ആ മനസ്സിന് എന്ത് വേണം വീണ്ടും വീണ്ടും പുനരഭിചരണം അതിനെയാണ് ചന്ദ്രമാർഗം എന്ന് പറയുന്നത് ചന്ദ്രമാർഗം എന്ന് പറഞ്ഞാൽ പോയാൽ തിരിച്ചു വരുന്ന ഇപ്രകാരം അവര് ദക്ഷിണോദ്വാഗവാമി വൈനികുതകാമം കർമ്മതു ഉദക് പദാർത്ഥം എന്നിൽ എല്ലാം നിക്ഷിപ്തമായി അയാള് കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോയി വീണ്ടും അയാള് എന്നിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരണം അപ്പൊ പ്രത്യേകത ഉണ്ടാവുന്നത് നേരത്തെ പറഞ്ഞില്ലേ അവർക്കൊരു പ്രത്യേകത ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ അവർ മരിച്ചുപോയി കഴിഞ്ഞാൽ തന്നെ അവരുടെ ഉള്ളിൽ ആത്മീയ സംസ്കാരം ഉള്ളതുകൊണ്ട് അതേ സംസ്കാരം തിരിച്ചു അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും പറയാം നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം ആ മനസ്സിൽ ും അതുകൊണ്ടാണ് ചില ആളുകൾ കുട്ടിക്കാലത്തെ ആത്മീയ സംസ്കാരമുള്ളത് ചിലർക്ക് ഇത്തരം സംസ്കാരങ്ങൾ ഇല്ലാത്തതിന് കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ അത്തരത്തിലുള്ള വാസനകൾ സംസ്കാരങ്ങൾ അവരുടെ ഉള്ളിൽ കുറവായിരിക്കുന്നു എന്നിട്ടോ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഇതി സുവിതവൈദ്യം ദേവഹേ ദേവഹൂതി കൃതനുതി മനുഗൃഖ്യമലദാസോ ഭക്തിയോഗേന മുക്ത സമവിജനഹിതാർത്ഥം ി സുവിധവേദ്യം എല്ലാം വേണ്ട വിധത്തിൽ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുമ്പോഴും നാം അതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം ഹിന്ദുമതത്തിന് പറ്റിയൊരു പരാജയം ആളുകൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിലും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അവർ വേണ്ട മനസ്സിലാക്കുന്നില്ല അറിവില്ലാതെയാണ് പലരും ആചരിക്കുന്നത് ആചരണം ശരിയായ വിധത്തിലാവണമെങ്കിൽ അത് നമ്മൾ അറിവോടുകൂടി ചെയ്താൽ നമ്മുടെ ആചരണത്തിന് നമ്മളെ ശരിയായ വിധത്തിലെത്തിക്കാൻ പറ്റും ആത്മീയപരമായി എന്ത് ചെയ്യണം ഏത് നാമം ജപിക്കണം ഏത് രൂപത്തെ ധ്യാനിക്കണം എപ്പൻ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് പോവണം എപ്പ പോവണം ദോഷങ്ങളുണ്ടോ അങ്ങനെ ചെയ്താൽ തെറ്റുണ്ടോ ഇങ്ങനെ ചെയ്താൽ തെറ്റുണ്ടോ അവിടെ ശിവൻ ശപിക്കുമോ എന്റെ കുടുംബദേവത ഇതാണ് ഞാൻ ഇതാണ് പിടിച്ചിരിക്കുന്നത് അതിന് തെറ്റുണ്ടോ ദോഷമുണ്ടോ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഒരു മനുഷ്യനുണ്ടാവാൻ കാരണം അവൻ ഇതൊന്നും വേണ്ട മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഉറപ്പാണ് അറിവില്ലാത്തവനെ എന്തുള്ളൂ സംശയമുള്ളൂ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വഴിയിൽ എവിടെയും ചോദിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് അറിയുകയാണ് അറിവുണ്ടോ സംശയമില്ല ഗീതയിൽ പറയും സംശയാത്മാ വിനശ്യതി സംശയമുള്ളവർക്ക് ഉയർച്ചയല്ല ഉള്ളത് അവർക്ക് നാശമാണോ എന്ന് വെച്ചാൽ ഈ രീതിയാണ് എന്നാൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം അറിവുള്ളവർക്ക് വേഗം കാരണം ക്ലാരിറ്റിയുണ്ട് എന്നർത്ഥം വ്യക്തതയുണ്ട് എന്നർത്ഥം നമ്മളെ സംബന്ധിച്ച് ആചരണവും പോകണം അതിനനുസരിച്ച് അതിനെക്കുറിച്ചുള്ള അറിവും പോകണം എന്ന് പറയാം അറിവിന് സൽസംഗത്തിലേക്ക് പോകണം ആചരണത്തിന് ക്ഷേത്രങ്ങളിലൊക്കെ പോവാന്ന് പറയുന്നത് അറിവില്ലാതെ നമ്മൾ ആചരിച്ചാൽ ആചരണം എവിടെ എത്തിക്കുന്നു നമുക്ക് പറയാൻ സാധ്യമല്ല മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് സുഖിത വേണ്ട വിധത്തിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം അമ്മയെ എന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കിക്കൊടുത്ത് കൃതനുദിമനുഗ്രഹിയ ആ അമ്മ കുട്ടിയെ പുത്രനെ നന്നായി സ്തുതിച്ചുകൊണ്ട് അമ്മയെ അനുഗ്രഹിച്ചുകൊണ്ട് ഗതോ യോഗ്യസംഖ്യ യോഗികളുടെ കൂടെ ഭഗവാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഇപ്രകാരം ഭക്തിയോഗേന മുക്ത അമ്മയാണെങ്കിലോ അമ്മ പുത്രൻ പറഞ്ഞ പ്രകാരം ആചരിച്ചുകൊണ്ട് മനസ്സ് പൂർണ്ണമായ ഭക്തിയിൽ തന്റെ മനസ്സിനെ അവിടെ നിന്നും പ്രകൃതിയിൽ നിന്നും പുരുഷനിലേക്ക് ചേർത്തുകൊണ്ട് ആ പുരുഷനിൽ തന്നെ ദയിപ്പിച്ചുകൊണ്ട് മുക്തയായിത്തീരുന്നു അമ്മ ഇപ്രകാരം അമ്മ മുക്തയായതിനുശേഷം ഭഗവാനാണെങ്കിലോ രാകുദീച്ച വർത്തസേ ജനഹിതാർത്ഥം ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് കിഴക്കുമടക്കായിട്ട് ഭഗവാൻ തപസ് ചെയ്യാൻ പോയി എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസംബരിപ്പിക്കുന്നു കപിലോപാഖ്യാനം പരമകിമുപഭൂക്യാൽപദാംബോജഭക്തി സകലവയവിനീത്രിം സർവകാമോപനീത്രിം വധസി ഗുരുദൃം ത്വം തദ്വിദൂയാമയാന്മേ ഗുരുപവനപുരേശാതക്തി പരമ ബഹുക്തിയ അനവധി തവണ എന്തിന് പറയണം അനേകം പ്രാമശ്യം എന്തിന് പറയണം ഒന്ന് വ്യക്തമാണ് തൊൽ പാദാംബോജ ഭക്തി ഭഗവാന്റെ പാദത്തിൽ ദൃഢമാവുന്ന ഭക്തി ഭഗവാനിലേക്ക് തിരിയുന്ന ഭക്തി കൊണ്ട് സകല ഭയവിനേത്രി മനസ്സിന്റെ സകല ഭയത്തെയും എടുത്തുകളയാൻ സാധിക്കും ഭഗവാനല്ല ഭയം പോക്കുന്നത് നമ്മുടെ മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് എന്തു പോകുന്നു ഭയം വിട്ടുപോകുന്നു തും ഇപ്രകാരം സർവകാമോപദേ ജീവിതത്തിലേക്ക് വേണ്ടുന്ന കാമങ്ങളെയും നേടിയെടുക്കാൻ അതുകൊണ്ട് സാധിക്കുന്നു ഇപ്രകാരം പറഞ്ഞ് അമ്മയെ ഉയർത്തിയ കപില വന്ന ഗുരുവായൂരപ്പ എന്നെ എല്ലാ രോഗത്തിൽ നിന്നും മാറ്റി എന്തുവേണം ആമയാൻ വിതൂയ തുൽഭക്തി ഉപാദ എനിക്ക് അങ്ങയിലുള്ള ദൃഢമായ ഭക്തി തന്നെ ഗ്രഹിച്ചാലും എന്ന് കപിലഭഗവാൻ കപിലഭഗവാനെ സ്മരിച്ചുകൊണ്ട് പട്ടതിരിപ്പാടും പറഞ്ഞ് ഉപസമരിപ്പിച്ചു ഇതിനെയാണ് കാവിലിയോ വാഖ്യാനം എന്ന് പറയുക എന്താ കപില ഭഗവാൻ പറയുന്നത് അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പ്രകൃതിയോടുള്ള അസോസിയേഷൻ ദുഃഖമുണ്ടാക്കും ഈശ്വരനോടുള്ള അസോസിയേഷൻ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും നമ്മളെ മുക്തമാക്കും ആരാണ് പുരുഷൻ ആരാണ് പ്രകൃതി ഈ ശരീരം പ്രകൃതിയാണ് ശരീരവുമായി ബന്ധപ്പെട്ടവരും പ്രകൃതിയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറുന്നതാണ് മാറുന്നതെന്നും ഇന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല അത് നമ്മുടെ ശരീരം കൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ ജനിച്ച അവസ്ഥയിലല്ല എന്നിരിക്കുന്നത് ആണോ എന്നാൽ ഏത് മാറ്റത്തിനും പിന്നിൽ ഏത് മാറ്റവും സാധ്യമാവണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു മാറാത്തതായൊരു ബേസ് വേണം എപ്രകാരമാണോ മാറാത്ത ആകാശത്തിൽ ഗ്രഹങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ മാറാത്തതായ ഒരു ചൈതന്യത്തിലാണ് ഏത് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ശരീരമാകുന്ന പ്രകൃതി മാറുന്നതെന്ന് യുക്തിപരമായി മനസ്സിലാക്കണം ആ പുരുഷനെയാണ് മാറാത്ത ശക്തിയാണ് ഭഗവാനെന്നും ഈശ്വരനെന്നും വിളിക്കുന്നതെങ്കിൽ ഇനി മനസ്സിനെ മാറുന്ന പ്രകൃതിയിൽ നിന്നും ആരിലേക്ക് കൊണ്ടുവരണം മാറാത്ത പ്രകൃതിയിലേക്ക് കൊണ്ടുവന്നാൽ സകല ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തമാവാം അതിന് മനസ്സിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ചില നിഷ്ഠകൾ ആവശ്യമുണ്ട് അതിലൊരു നിഷ്ഠയാണ് ഭഗവാന്റെ രൂപത്തെയും നാമത്തെയും കണ്ടുകൊണ്ടും മനസ്സിൽ കണ്ടുകൊണ്ടും സ്മരിച്ചുകൊണ്ടും ക്രമേണ ക്രമേണ മനസ്സിന് ഉയർത്തിക്കൊണ്ടുവന്നാൽ പ്രകൃതിയിൽ നിന്നും മനസ്സ് എങ്ങോട്ട് വന്നു പുരുഷനിലേക്ക് വന്നു അവർക്ക് സർവ്വഭയത്തെയും ദുഃഖത്തെയും അതിവർത്തിക്കാൻ സാധിക്കും അത് നമ്മൾ തന്നെ വേണം നിരന്തരം പ്രയത്നിച്ചുകൊണ്ട് നേടിയെടുക്കേണ്ടതെന്ന് അമ്മയ്ക്ക് വ്യക്തമായി ഉപദേശിച്ച അവതാരമൂർത്തിയാണ് ആര് കപില ഭഗവാൻ മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് മനസ്സിലായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ചിട്ട വരുന്നവരെയാണ് നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരല്ല അവരുമായിട്ടുള്ള നമ്മുടെ അസോസിയേഷന് ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യണം ക്രമേണ ക്രമേണ ഡിറ്റാച്ച് ചെയ്യണം ആ ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ ആരിലേക്ക് അതിന് നമുക്ക് പ്രയത്നം ആവശ്യമുണ്ട് എന്ന് പറയണം മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെ മനസ്സിലാക്കി അടുത്ത അവതാര അവതാരത്തിലേക്ക് കടക്കാം അടുത്ത ദശകം പറയുന്നത് നാലാമത്തെ സ്കന്ധം ഭാഗവതത്തിലെ രക്ഷയാഗം നരനാരായണ കഥയൊക്കെയാണ് ഇവിടെ ഭട്ടതിപ്പാട് ഭാഗവതത്തിന്റെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെയാണ് നാലാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന നരനാരായണ അവതാരം പിന്നീട് ഏകാദശ സ്കന്ധത്തിലാണ് വിസ്തരിച്ചിരിക്കുന്നത് ഇവിടെ ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞ കാര്യം കൂടി പെട്ടതിരിപ്പാട് ഇവിടെ കൊണ്ടുവരുന്നു ആദ്യം പറയുന്നത് ഭഗവാന്റെ മറ്റൊരവതാരമായ നരനാരായണ അവതാരമാണ് ഇവിടെ പതിനാറാമത്തെ ദശകത്തിൽ രണ്ട് കഥകളുണ്ട് നരനാരായണ ഋഷിയുടെ കഥയും അതുപോലെ ദക്ഷണ്ട കഥയും ആര നരനാരായണൻ കുറച്ച് നിങ്ങൾക്ക് കഥകൾ അറിയുന്നുണ്ട് ഈ ഇത് മനസ്സിലാക്കാം നേരത്തെ സ്വായംഭൂമനുവിന്റെ കഥയാണല്ലോ പറഞ്ഞത് ആ സ്വായംഭൂമനുവിന് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി പറഞ്ഞു ദേവഹൂതി പ്രസൂതി ആഹൂതി ഇതൊക്കെ ഓർത്തുവെക്കണത് നിങ്ങൾ ഭാഗവതം ലേശം പരിചയത്തിന്റെ വേഗം മനസ്സിലാവും അതിൽ ദേവഹൂതിക്ക് എത്ര കുട്ടികളുണ്ടായി ഒൻപത് കുട്ടികളുണ്ടായി ആ ഒൻപത് പേരിൽ ഏഴുപേരെ സപ്തഋഷികൾക്ക് കല്യാണം കഴിച്ചുകൊടുത്തു രണ്ടുപേരെ ഒരാളെ അതർവണ ഋഷിക്കും മറ്റൊരാളെ മറ്റൊരാളെ ആർക്ക് കല്യാണം കഴിച്ചുകൊടുത്തു കല്യാണം കഴിച്ചുകൊടുത്തു അതങ്ങനെ പോയി അതിനുശേഷം പ്രസൂതിയെ കല്യാണം കഴിച്ചു കൊടുക്കും ദക്ഷ പ്രചാ വരിക്കാനാണ് ആ ദക്ഷന് പതിനാറ് പെൺകുട്ടികളായിരുന്നു പതിമൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ധർമ്മമൂർത്തിക്കാണ് എന്ന് പറയുന്ന മൂർത്തിക്കാണ് പതിനാലും പതിനഞ്ചും പേരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അഗ്നി ഭഗവാനും അവളുടെ പേര് സ്വാഹ എന്നാണ് അഗ്നിയിലേക്ക് എന്ത് ചൊല്ലുന്നത് സ്വാഹ പതിനഞ്ചാമത്തവളുടെ പേര് സ്വതാ എന്നാണ് പിണ്ടം വയ്ക്കുന്ന സമയത്ത് പിതൃക്കൾക്ക് ദർഭപുലയിൽ പിണ്ടം വെക്കല്ലോ അപ്പൊ പറയുന്ന മന്ത്രമാണ് ഓം നമശിവായ സ്വത എന്ന് പറഞ്ഞാണ് എന്ത് വയ്ക്കുക പിണ്ടച്ചോറ് വയ്ക്കുക ഈ നമശിവായ സ്വധ എന്നുള്ള സ്വത എന്നുള്ള മന്ത്രം പിണ്ടത്തിന്റെ കൂടെ സ്വാഹാനമതിയിലെ പിണ്ടത്തിന് പിണ്ടം വെക്കുമ്പോ സ്വത അപ്പൊ സ്വത എന്നുള്ളവളാണ് പതിനഞ്ചാം പതിനാറാമത്തെ പെൺകുട്ടിയാണ് സതി അവളെയാണ് ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പരമശിവനായിട്ട് ആ കഥ എവിടെ നിൽക്കട്ടെ അതിൽ പതിമൂന്ന് പേരിൽ ഒരാളായിരുന്നു മൂർത്തി എന്താണ് മൂർത്തി എന്ന് പറയുന്ന പെൺകുട്ടി ധർമ്മത്തിനാണ് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു ആ ധർമ്മത്തിന് മൂർത്തിയിലുണ്ടാവുന്ന പുത്രന്റെ പേരാണ് ഭഗവാന്റെ മറ്റൊരവതാരമായ നരനാരായണ ഋഷി ഇവര് രണ്ടുപേരുന്നതാണ് സങ്കല്പം നരനെന്നും നാരൻ ബദിരിയിലാണ് ഇവര് തപസ് ചെയ്തത് അന്ന് സഹസ്രകവചൻ എന്ന് പറയുന്നൊരു അസുരണ്ടായിരുന്നത്രേ സഹസ്രം കവചങ്ങൾ ഉണ്ടായിരുന്നത്രയാൾക്ക് ആയിരം വർഷം തപസ് ചെയ്ത ഒരാൾക്ക് ഇയാളോട് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ അത്ര തുല്യ ശക്തിയുണ്ട് ഇയാൾക്ക് ഒരിക്കൽ ഇവിടെ നരൻ തപസ്സിനിറങ്ങിയാൽ നാരായണൻ തപസ്സിൽ നിന്ന് എണീറ്റ് യുദ്ധം ചെയ്യും ആയിരം വർഷത്തോളം തപസ് ചെയ്ത് വന്റെ മുറിച്ചു കളയും എന്നാൽ ഒരു കവചം ബാക്കി വന്നാൽ ഇയാളുടെ തപസ് കഴിഞ്ഞാൽ പിന്നെ അയാളെ കൊല്ലാൻ പറ്റില്ല അപ്പൊ അയാൾ തപസ്സിന് പിന്നെ ആരെ വരണം നരൻ തപസ്സന് നാരായണൻ തപസ് യുദ്ധം ചെയ്യുന്നത് അപ്പൊ ഒരു കവചം ബാക്കി നിന്നാൽ അസുരം ജയിച്ചു അപ്പൊ പിന്നെ നാരായണൻ തപസ്സിന് പോവും ആരുദ്ധം ചെയ്യും തപസ് ഇങ്ങനെ രണ്ടുപേരും മാറി മാറി മാറി തപസ് ചെയ്തിട്ടാണ് യുദ്ധം ചെയ്തിട്ടാണ് സഹസ്രകനെ കൊല്ലുന്നത് പിന്നീട് ആ നരനാരായണ ഋഷിമാരെ പരീക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രൻ കാമദേവനെയും അയാൾക്ക് കുറെ പാർട്ടിന്നല്ലോ ഡാൻസ് പാർട്ടീസ് ആരൊക്കെ ആരൊക്കെ ശിയില്ല ഒരു വശിയാവുന്നില്ല ഒരു വശിയുടെ മുമ്പുള്ള കഥയാണ് രംഭ ആ തിലോമിന തിലോത്തമ്മ എന്നൊക്കെ പറഞ്ഞുള്ള കുറെ കഥയുണ്ട് അവരെയൊക്കെ പറഞ്ഞയച്ചു ഇവരൊക്കെ ഡാൻസ് കളിച്ചിട്ട് ഇയാളുടെ മനസ്സിനെ ഇളക്കാൻ നോക്കി മനസ്സിളങ്ങിയില്ല എന്ന് മാത്രല്ല അവരുടെ കാലം മുട്ടൊക്കെ ഇളങ്ങി അവർക്ക് കുറച്ച് കുഴപ്പമൊക്കെ കൊടുത്തു ഇയാള് അവർക്ക് തന്റെ തടസ്സക്കാമെന്ന് അവർക്ക് കാമദേവന് കുറെ ചുക്ക് കാപ്പി കൊടുത്തു തൊണ്ടവേദന കാരണം അതൊക്കെ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് പോവാൻ ഇതെ ഇങ്ങനെ തന്റെ ഊരു തുടകളിങ്ങനെ തുടച്ചു നിന അതിൽ നിന്നും ഒരു ചളി വന്നു ആ ചളിയാണത്രെ ഒരു പെണ്ണായിട്ട് മാറിയത് അവളാണത്രെ ഊരുവിൽ നിന്നും വശീകരിക്കപ്പെട്ട ഊർവശി ഇനി നമുക്ക് വേഗത്തിൽ പോരി സേ സ്വാഹാം സിം ഗിരി മനുവിന്റെ പുത്രിയായ മനോഹോ തനോജ മനുവിന്റെ പുത്രി ആരൊക്കെയായിരുന്നു നേരിട്ട് പറഞ്ഞു ദേവഹൂതി പ്രസൂതി ആഹൂതി അവരില് ലാ വിരി ഒരാളെ ദക്ഷത കല്യാണം കഴിച്ചു അരേ പ്രസൂതിയെ അതിലായ ഷോഡശ കന്യ എത്ര പേര് പതിനാറ് പേര് അതില് പറഞ്ഞല്ലോ ഞാൻ പതിമൂന്ന് പേരെ ധർമ്മത്തിന് കല്യാണം കഴിച്ചുകൊടുത്തു സ്വദാം ഹവിർഭുവി ഒരാളെ അഗ്നിദേവന് കല്യാണം കഴിച്ചെടുത്തു ഒരാളെ പിതൃക്കൾക്ക് കല്യാണം കഴിച്ചുകൊടുത്തു ഗിരീശെ സതീ അവസാനത്തോടെ സതിയെ ഗിരീശൻ വെച്ചാൽ പരമശ്വതി കല്യാണം കഴിച്ചോ ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു ഇനി മൂർത്തി ഹിധർമ്മഗൃഹിണി സുഷവേ ഭവന്തം നാരായണം നരസകം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദാക്കഘോഷ പുഷ്പക്കരൻ ബുഷൻ സുരൂഗ അങ്ങനെ പതിമൂന്ന് പേരിൽ ഒരുത്തിയുടെ പേരായിരുന്നു മൂർത്തി അവളെ കല്യാണം കഴിച്ചുകൊടുത്തത് പതിമൂന്ന് പേരെ കല്യാണം കഴിച്ചു കൊടുത്തത് ധർമ്മത്തിന് പേരിട്ടാണ് ആ പതിമൂന്ന് പേരിൽ ഒരാളുടെ പേരായിരുന്നു മൂർത്തി ധർമ്മഗൃഹിണി മൂർത്തി ധർമ്മത്തിന്റെ ഭാര്യയാണ് മൂർത്തി അവളില് മഹിതാനുഭാവം നരസഖം നാരായണം സഷവേ ഭഗവാന്റെ മഹിമയാർന്ന നരനാരായണ ഋഷിരൂപം പ്രകടമായി എന്ന് പറയാണ് അവ തിരിച്ചു ആ സമയത്ത് സുരൂഖ പ്രമുദിത ദേവന്മാരെ സന്തുഷ്ടരായി ആദ്യഘോഷം ഒഴുക്കി കൃതനിത്യഘോഷ പുഷ്പോത്കരാൻ പ്രകുഷു അവരവിടെ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു ആരുടെ അവതാരത്തിൽ ഭഗവാന്റെ നരനാരായണ അവതാരത്തിൽ എന്നിട്ടോ ദൈത്യം സഹസ്രകരീതം സാഹസ്രവത്സരതമസമ്യേ പര്യായർമിതം ആയിരം സഹസ്രവത്സര തപസ് ആയിരം മത്സരം തപസ് ചെയ്താലേ ഇയാൾ കൊല്ലാൻ പറ്റുള്ളൂ കവചെയ് പരീതം സഹസ്ര കവചം അമ്മ ദൈത്യം അവന്റെ ശരീരത്തിൽ ആയിരക്കണക്കിന് എന്തുണ്ട് കവചങ്ങളുണ്ട് അപ്പോ ഓരോന്ന് മുറിച്ച് കഴിയുമ്പോഴേക്കും വർഷങ്ങളായിരം കഴിയും അപ്പോഴേക്ക് യാത്ര തപസ് കഴിയും ആ തപസ് കഴിയുമ്പോഴേക്കും വീണ്ടും ഈ കവചങ്ങളൊക്കെ തിരിച്ചു കാരണം ഒരു കവചം ബാക്കി നിന്നാൽ ബാക്കിയെല്ലാം തിരിച്ചു വരും വേണം മറ്റാൾ യുദ്ധത്തിന് റി മാറി മാറി യുദ്ധം ചെയ്തിട്ട് അവര് എന്ത് ചെയ്തു ചിഷ്ടേകങ്കന തലിലം നിഹത്യാം അവസാനത്തെ അവന്റെ കവിത നശിപ്പിച്ചുകൊണ്ട് അവര് വധിച്ചു പറയാന് എന്നിട്ടോ അന്വാചരണ്ുപതിസന്ന വിമോക്ഷധർമ്മം ത്മാവാംസി ശക്രോതദേശമതമോ ബലനിസ്തഹാത്മാ ദിവ്യാങ്കനാപരിമതം പ്രതികായമാറം ൻ മോക്ഷധർമ്മം അന്വാചരൻ ഭ്രാതാവ് അതായത് നാരായണൻ നരന്റെ കൂടെ അവിടെ നിന്ന് മോക്ഷധർമ്മം അനുഷ്ഠിക്കാൻ മനസ്സിനെ തന്റെ ആധ്യാത്മികമായ തലങ്ങളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ബദിരികാശ്രമം അത്യവാസി എങ്ങോട്ട് പോയി ബദിരിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴോ അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ തപസ്സിൽ വേദന സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച ശക്ര ശക്രെന്നു പറഞ്ഞ ഇന്ദ്രൻ തീയെ ശമതമോ ബല നിസ്സഹാത്മ അങ്ങയുടെ തപസ്സിനെ ഇല്ലാതാക്കാൻ അവിടെ എന്ത് ചെയ്തു ദിവ്യാംഗന പരിവൃതം അവിടുത്തെ ഡാൻസ് ഗ്രൂപ്പിനെ ദിവ്യാംഗന എന്ന് പറഞ്ഞാൽ അപ്സരസിനെയും ആരുടെ കൂടെ കാമദേവൻ കാമദേവന്റെ കൂടെ അയച്ചു കാമദേവനെ പാട്ടുപാടാനും മറ്റുള്ളവരെ ഡാൻസ് കളിക്കാനായിട്ട് ഗ്രൂപ്പിനെ വിട്ടു ബാലേ ഗ്രൂപ്പിനെ എന്നിട്ടോ അവരോ കാസന്താസൈ വിദ്യന്മുഹുർമുഹുരകമ്പദീച്ചജത്വം വസന്തമലയാദില ബന്ധുശാലി കാമദേവൻ അപ്സരസ്സുകളുടെ കൂടെ ചേർന്നിട്ട് പലതരത്തിലുള്ള കടാക്ഷ കാന്താ കടാക്ഷ വിശികയിൽ പലതരത്തിലുള്ള ഓരോ അഭ്യാസങ്ങൾ കാണിച്ച് ഇദ്ദേഹത്തിന്റെ മനസ്സിനെ ആകർഷിക്കാൻ നോക്കി പലതരത്തിലുള്ള ഡാൻസുകൾ ക്ലാസിക്കൽ ഡാൻസ് ഫോക്ക് ഡാൻസ് പിന്നെ ഇന്ത്യൻ ഡാൻസ് അത് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ ഡാൻസ് പറയണ്ടല്ലോ ഇങ്ങനെ പല പല ഡാൻസും പാട്ടും ഇവർ പാടിയിട്ടും ഈ നരനാരായണന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്തിനു പറയണോ ചതത്വം കുറെ കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ ഈ തപസ്സിൽ തപസ്സിൽ നിന്നും ഇളകാതെ ഇതിലൊന്നും തൽപ്പരപ്പെടാതെ നോക്കുന്ന അങ്ങേ കണ്ടിട്ട് വീതസ്തയാമദേവനും കൂട്ടരും ഗീതനായി അപ്പൊ അവരോടങ് ഇങ്ങനെ പറയുകയാണ് മൃദുഹാസവാച അങ്ങ് വളരെ മൃദുവായി അവരോട് ഇങ്ങനെ പറഞ്ഞു ആരോട് കാമദേവനോടും അപ്സരസ്സുകളോടും നരനാരായണന്മാര് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് വീത്യാലമംഗജ വസന്ത സുരാങ്കനാപോ ക്ഷി മന്മദാ വസന്തമേ നിങ്ങളൊന്നും അങ്കന വസന്ത വ വീക്യ അലം ആരും പേടിക്കേണ്ട ഞാനൊന്നും ശപിക്കാനൊന്നും പോണില്ല അപ്പൊ എന്റെ തപസ്സൊന്നും നിങ്ങളെ ഇളക്കിയിട്ടൊന്നുമില്ല നിങ്ങളെ പേടിക്കൊന്നും വേണ്ട അല്ല ഇപ്പൊ മന്മാനസം സുഷന്തം വിധി പ്രവാഹം നിങ്ങൾ എന്റെ മനസ്സിനെ യാതൊരുതരത്തിലും വേദനിപ്പിച്ചിട്ടില്ല അത് വിസ്മയാണ് അതൊക്കെ മറക്കൂ നിങ്ങൾ എന്നിട്ടോ സുവതാമേഷം സ്വപരിചാരിക അകത്തേക്ക് എല്ലാം പറഞ്ഞു അപ്പൊ നോക്കുമ്പോഴോ ഗംഭീരന്മാരായിട്ടുള്ള ആളുകൾ അവിടെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെ പറഞ്ഞോ എല്ലാ സൽക്കാരങ്ങളും ഒഴിച്ചിലൊക്കെ കൊടുത്തു ഡാൻസൊക്കെ കളിച്ച കാലമൊക്കെ എന്തായതല്ലേ പാട്ട് ആൾക്കൊക്കെ നല്ല കാപ്പുണ്ടാക്കി കൊടുത്ത് തന്നെ ദ്രോഹിക്കുന്നവരെപ്പോലും അങ്ങോട്ട് സേവിക്കാൻ ആർക്ക് സാധിച്ചു നരനാരായണ ഋഷിമാർക്ക് സാധിച്ചു ഇതുവരെ എന്നിട്ടോ കഴിഞ്ഞിട്ടോ പോവാ നേരത്തെ ഒരു പാർസലും കൊടുത്തു എന്താണത് സമോഹനായം ായ വലിത അങ്ങേയെ മോഹിപ്പിക്കാനായി ഇവിടെ വന്നിരിക്കുന്ന കാമദേവനും കൂട്ടരും ഇവിടെ പരിചരിക്കുന്ന ദാസിമാരെ കണ്ട സമയത്ത് താൻ ദാസികാ പരിവിളയിൽ മോഹമാക്കും കണ്ടപ്പോൾ വിരിക്കുന്നു തോന്നുന്നു തന്നെ കൂടിയാൽ എന്താണ് ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലാന്ന് നല്ലൊരു സുഖം ഇവിടെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്തായാലും അതിനുശേഷം പ്രയാതത്വം അങ്ങയാൻ നൽകപ്പെട്ടു ആരെ കൊടുത്തത് ഒരു പെണ്ണിനെ ഇതാക്കി കൊടുത്തു എന്നാണ് അവളെയും കൊണ്ട് നാണമില്ലാതെ അവര് തിരിച്ചുപോയി ഇദ്ദേഹത്തിന്റെ തമസ്സാക്കാനാണ് വന്നത് പക്ഷെ പോകുന്ന സമയത്ത് ഇന്ദ്രന്റെ തമസ്സളക്കാൻ പറ്റിയൊരു സാധനമാണ് അങ്ങോട്ട് കൊണ്ടുപോയത് പറയാണ് ഊർവശിയും കൊണ്ട് അവർ പോകേണ്ടി വന്നു എന്നിട്ടോ ദൃഷ്ടോർവചിന്ത നിശമ്യശക്രോജനിമഹിമാർ മവശാൽ പ്രശാന്ത രമണീയതരാവതാരാൽ തത്തോദി ഗോവര കൃഷ്ണ സനസ്തമേവ ഇന്ദ്രൻ ദൃഷ്ട ഉർവശിയും ശക്ര ഇന്ദ്രൻ ഉർവശിയെ കണ്ട സമയത്ത് പറയാണ് തവകഥാ നിശമ്യ അവിടുത്തെ കഥകളൊക്കെ കേട്ടിട്ട് പവൻ മഹിമാവമർശാൽ പര്യാകുല ഇന്ദ്രന്റെ മനസ്സൊക്കെ പതറി പറയാണ് ഉർവശിയെ കണ്ടതോടുകൂടി അയാൾ ഇരുന്നിരിപ്പില്ലെന്ന് ചാടി നീറ്റു മറ്റാളെ കുറെ ആൾക്കാർ പോയിട്ടും എണീപ്പിക്കാൻ സാധിച്ചില്ല ഇന്ദ്രനെ എണീപ്പിക്കാൻ സാധിച്ചു പറയാം എന്നിട്ടോ പറയാണ് ഇപ്രകാരമുള്ള നരനാരായണ രൂപത്തിൽ വന്നിരിക്കുന്ന ഹേ ഭഗവാനേ ആ ഭഗവാന് തുല്യമായിട്ട് ഇവിടെ ആരെ മാത്രമേയുള്ളൂ കൃഷ്ണസ്തനുസ്വമേവ ഈ പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്ന മറ്റൊരു അവതാരമൂർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേയുള്ളൂ അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി രക്ഷന്റെ കഥയിലേക്ക് കിടക്കുകയാണ് യജ്ഞേശനേൽ ബ്രഹ്മാവിന്റെ പുത്രരായിരുന്നു ആര് നേരത്തെ പറഞ്ഞല്ലോ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്നും പ്രകടമായ ഒരാളായിരുന്നു ദക്ഷൻ ആ ദക്ഷൻ അതിലാളനയാ രജാന്തു ബ്രഹ്മാവിന്റെ അമിതമായ ലാളന അന്തരായി തീർന്നു അയാൾക്ക് അഹങ്കാരം വളരെയധികം വർദ്ധിച്ചു അങ്ങനെയുള്ള അദ്ദേഹം നാത്യാതൃതൊയി അശാന്തിമാസി കഷ്ടം പറയുന്നു അങ്ങനെ അക്ഷമനായി അദ്ദേഹം മറ്റുള്ളവരിൽ മത്സരബുദ്ധിയുള്ളവനായി തീർന്നപ്പോ ഭഗത് ശർവം വരന്ത് ശിവനെ വേദനിപ്പിക്കാൻ ഇടവന്നു വൈരവിഷുവിനെ യജ്ഞേ സുസുദാം അദ്ദേഹത്തിന്റെ എന്താണ് വിരോധിച്ചപ്പോ അദ്ദേഹം നടത്തുന്ന യാഗത്തിൽ ആ പുത്രിയായ സ്വന്തം പുത്രിയായ സതിയായിരിക്കുന്ന പുത്രി അവിടെ വെച്ച് മാനം ഇല്ലാതെയാക്കി എന്ന് വെച്ചാൽ സതിയെ അദ്ദേഹത്തിന് അപമാനിക്കാൻ ഇടവന്നു കഥ നമുക്കറിയാം പണ്ട് സതീദേവിക്കിഷ്ടം പരമശിവനായിരുന്നു പക്ഷെ പരമശിവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആർക്ക് താൽപ്പര്യം ഉണ്ടായില്ല താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം പരമശിവൻ എന്നു പറഞ്ഞാൽ വളരെ നോർമൽ ദൈവമാണ് വലിയ കോഷമൊന്നുമില്ലാത്ത ഒരാളാണ് ദക്ഷനാണെങ്കിൽ വളരെ ഒരു വലിയ പടക്കാരനാണെന്നുള്ളൊരു വിചാരമുള്ളതുകൊണ്ട് അയാൾക്ക് ശിവനെ ഒന്നും അയാളുടെ ലെവലിലേക്ക് കാണാൻ സാധിച്ചില്ല കൃഷ്ണനെ കാണാൻ സാധിച്ചു വിഷ്ണുവിനെ കാണാൻ കൃഷ്ണൻ വളരെ ഓർണമെന്റ് ഒക്കെ ഇട്ടുള്ള ഒരാളായതുകൊണ്ട് കിരീടവും ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ ശിവനാണെങ്കിലോ രണ്ട് പാമ്പ് മതി കുളിയും വേണ്ട അലങ്കാരങ്ങളൊന്നും വേണ്ട ഇങ്ങനെയുള്ള ഒരാൾക്കെങ്ങനെ എന്റെ മകളെ കൊടുക്കും അവസാനം മകളെവാശി എനിക്ക് അങ്ങനെയുള്ള ശിവനെ മതിയിൽ ഏതായാലും അങ്കിരസ് യാഗത്തിൽ വെച്ച് പരമശിവൻ ദക്ഷനെ കണ്ടപ്പോൾ എണീറ്റ് നിന്നില്ലായെന്നും അങ്ങനെ എണീറ്റു നിൽക്കാത്തതിൽ കോപം പോണ്ട ദക്ഷൻ അവിടെ വെച്ച് ഇനി മേലാൽ ഒരു യാഗത്തിനും ശിവന് കിട്ടേണ്ടതൊന്നും കിട്ടാതെയായി പോകട്ടെ ശപിച്ചു എന്നും പിന്നെ ആരും യാഗത്തിന് ആരും വിളിക്കാതെ ശിവനെ വിളിക്കാതെയെന്നും അങ്ങനെ ഒരിക്കൽ ദക്ഷൻ തന്നെ ഒരു യാഗം ചെയ്യുന്ന സമയത്ത് ആ യാഗഭൂമിയിലേക്ക് സതീദേവി കടന്നി എന്നപ്പോ തന്റെ ഭർത്താവിനെ അനാദരിക്കുന്നത് കണ്ടപ്പോ ഭൂപിഷ്ഠയായ സതീദേവി ദക്ഷണയെ ശപിച്ചുകൊണ്ട് സ്വന്തം ശരീരോപേക്ഷിച്ചുവെന്നും ആ സമയത്ത് നന്ദീശ്വര സ്വാമികള് യാഗഭൂമി തകർക്കാൻ നോക്കിയെങ്കിലും അവർക്ക് സാധിക്കാതെ വന്ന് ശിവനോട് പറഞ്ഞപ്പോ ഭൂപിഷ്ഠനായ ശിവൻ ശിവൻ ജടയെടുത്ത് താഴെ അടിച്ചുവെന്നും അതിൽ നിന്ന് ഒരു ഉഗ്രമൂർത്തി പ്രകടമായി ഞങ്ങളുടെ പേരായിരുന്നു വീരഭദ്രസ്വാമികൾ ആ വീരഭദ്രസ്വാമികള് നന്ദീശ്വരസ്വാമിയുടെ കൂടെ ചെന്ന് ദക്ഷയാഗശാല തകർത്തുവെന്നും ദക്ഷന്റെ തലയെടുത്ത് ഹോമിച്ചു എന്നും എല്ലാവരും പരമശിവനെ കണ്ടഭയം പ്രാപിച്ച സമയത്ത് പരമശിവൻ ദക്ഷന്റെ തലയ്ക്ക് പകരം എന്ത് വെച്ചു കൊടുത്തു തല വെച്ചു കൊടുത്തു എന്നാണ് കഥ അപ്പൊ അവിടെ വെച്ച് പരമശിവൻ പറയുന്നുണ്ട് എന്ത് എന്തുകൊണ്ടാണ് മഹാവിഷ്ണു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കാനുള്ള കാരണം നാം മറ്റുള്ളവരിൽ നിന്ന് ആദരവും സുഖവും പ്രതീക്ഷിച്ചാൽ അത് കിട്ടാതെ വന്നാൽ നമുക്ക് അവരോട് കോപം വരും പ്രതീക്ഷകളാണ് കോപത്തിനിട വരുത്തുന്നത് അപ്പോ പ്രതീക്ഷകളില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കോപത്തിൽ നിന്നും അതുപോലെ തന്നെ കാമത്തിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്താൻ സാധിക്കും നാം പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുക നാം അർഹിക്കുന്നതേ സംഭവിക്കുള്ളൂ എന്ന ബോധം നമ്മുടെ ഉള്ളിലാവണം ഇംഗ്ലീഷിൽ ഒരു പ്രവർബണ്ടല്ലോ ആഗ്രഹിക്കുന്നതല്ല കിട്ടുന്നത് അർഹിക്കുന്നത് കിട്ടും എന്ത് നമുക്ക് യോഗ്യത ഉണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ വരും ആഗ്രഹിക്കുന്നതാണ് സംഭവിക്കുന്നതെങ്കിൽ ആകപകടത്തിലാവും എല്ലാവരും ആഗ്രഹിച്ച് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ നടത്തുക വിചാരിക്കുക എല്ലാവരും വിചാരിക്കുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ എന്ത് എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടണമായിരുന്നു എല്ലാവർക്കും ഈ ആഗ്രഹം നടന്നാൽ എന്താ എനിക്ക് അവസ്ഥ താളം തെറ്റോ ഉണ്ടോ എല്ലാവരും ആഗ്രഹിക്കുകയാണ് എനിക്ക് വെളുത്ത സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി മതി ഭാര്യ എത്തുന്നത് ഈ കറുത്തവരാരും കല്യാണം കഴിക്കും പിന്നെ അപ്പൊ അവരൊക്കെ ആരും ഇല്ലാത്തവരായി തീരില്ലേ ഇല്ലേ ആഗ്രഹങ്ങളല്ല നടക്കുന്നത് നമ്മൾ ഓരോരുത്തരും അർഹിക്കുന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് നല്ല സുന്ദരന്മാരായിട്ടുള്ള കുട്ടന്മാരും മക്കളുണ്ടാവണേന്നാണ് സുന്ദരിമാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവണേന്നാണ് അപ്പൊ ഈ കയ്യും കാലുമില്ലാത്ത കുട്ടികളൊക്കെ ഇവിടെ പോകും അവർക്കും വരണല്ലോ അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നടക്കുക നമ്മള് അർഹിക്കുന്നത് നടക്കും ഇത് മനസ്സിലായിക്കഴിഞ്ഞാൽ നമ്മൾ ആരിൽ നിന്നും അമിതമായൊന്നും പ്രതീക്ഷിക്കില്ല എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് നമ്മുടെ ഉള്ളിൽ ഒരു തരം ജലസിയുണ്ടാക്കും ഈ ജലസിയാണ് നമ്മുടെ ഉള്ളിൽ ആങ്കറായിട്ട് മാറുന്നത് ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ ക്രോധം പെട്ടെന്ന് വരുന്നതല്ല അപ്പൊ നിങ്ങൾക്ക് കുട്ടികളോട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കുട്ടിയിൽ നിന്ന് എന്തോ പ്രതീക്ഷ വെച്ചിട്ടുണ്ട് പ്രതീക്ഷ കോപം കൂടി വരും രാവിലെ തന്നെ വീട്ടിൽ ബഹളം ഉണ്ടാവാൻ അതാ കാരണം നിങ്ങൾക്ക് ഇഡ്ഡ്ലി നന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരാൻ കാരണം നിങ്ങൾ ഇഡ്ലി നന്നാവണം എന്ന് പ്രതീക്ഷിക്കേണ്ട ഉപ്പുമാവ് ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോധം വരാൻ കാരണം ഉപ്പുമാവ് നന്നാവണം പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾ പരിഹരിക്കുക സാധിക്കുക അവിടെയാണ് ഈ പ്രസാദ ബുദ്ധി എന്ന് പറയുന്നത് പ്രസാദ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തു വരുമ്പോഴും ഇത് ഭഗവാന്റെ പ്രസാദം അതിന് പ്രസാദ ബുദ്ധി വരണമെങ്കിൽ നമ്മളിൽ ഒരു ബുദ്ധി വരണം നമ്മളാരാണ് നമ്മളാരാണ് ഇത് നമുക്ക് വ്യക്തമല്ല നമ്മളാരാണ് എന്നുള്ളത് അനന്തമായൊരു ഈശ്വര ചൈതന്യം ഉള്ളിലുള്ളത് നമുക്ക് നാം എന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ ആ ഒരു സത്യത്തിന്റെ ഈശ്വരന്റെ ദാസനാണ് ഞാനെന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കണം രാവിലെ എണീറ്റ ഉടനെ ഉറപ്പിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ കട്ടിൽ നിന്ന് എണീറ്റ് ഓടരുത് അവിടെ ഒരു ഭാഗത്ത് കണ്ണടച്ചിരുന്നിട്ട് പറയണം ഭഗവാനെ എന്നെ ഞാൻ അങ്ങയിലേക്ക് സമർപ്പിച്ചു എന്റെ എല്ലാ പ്രശ്നങ്ങളും സമർപ്പിച്ചിരിക്കണം എന്റെ കൂടെ ആരുണ്ട് ഭഗവാനുണ്ട് ഞാൻ അവിടുത്തെ ഒരു ദാസനാണ് എന്തു വന്നാലും അതവിടത്തെ പ്രസാദമായി ഞാൻ സ്വീകരിക്കും ഈ രീതിയിൽ നിങ്ങൾ എഴുതി വന്നു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് ദേഷ്യം വരുമോ ദേഷ്യം വരുമോ ഇല്ല കാരണം എന്തുകൊണ്ട് ദേഷ്യം വരില്ല ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ തന്നെ ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സ് പറയും പ്രസാദം ഇങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ദേഷ്യം എന്നുള്ള സംഗതി കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇന്നാണെങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച് ദേഷ്യം മൂക്കിന്റെ അറ്റത്താണ് പെട്ടെന്നാണ് നമുക്ക് കോപം വരേണ്ടത് ചിലർക്കാണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്താ പറയേണ്ടതെന്ന് അറിയില്ലേ ബന്ധങ്ങളൊക്കെ വഷളാക്കുന്നതും ഇതാണ് ക്രോധമാണ് ഒരു ദിവസം കൊണ്ട് ബന്ധം തകർക്കാൻ ക്രോധത്തിന് സാധിക്കും ഇല്ലേ ഒരു നിമിഷം മതി വിദ്യാഭ്യാസം കൂടുന്തോറും വിനയം കൂടണമെന്നാണ് പറയുന്നത് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസം കൂടുന്തോറും ക്രോധാണ് കൂടി വരുന്നത് ഒരാൾ പറയുന്നത് ഞാൻ സോഫ്റ്റ്വെയർന്ന് പറഞ്ഞാൽ മറ്റാള് പറഞ്ഞ ഹാർഡ് വെയർ ആണ് എടുത്തു അപ്പം വയറ് അവസാനം വയർ കാലി ഇങ്ങനെ സോഫ്റ്റും ഹാർഡും കൂടി കമ്പ്ലേറ്റീവ് ഇട്ട് ഇന്ന് നമ്മൾ കാണുന്നത് നോക്കൂ കുടുംബജീവിതം പണ്ടത്തെപ്പോലെ അത്ര രസകരമാവാത്തതിന് കാരണം ഇന്ന് മനുഷ്യന് പ്രതീക്ഷകളും കോപവും കൂടി വരുന്നു നമ്മൾ കാരണം ഇതൊക്കെ ഒഴിവാക്കാൻ എന്താ മാർഗം ഞാൻ ഈശ്വരന്റെ ദാസനാണെന്നും വരുന്നതെല്ലാം പ്രസാദമാണെന്നും സ്വീകരിക്കാൻ തുടങ്ങിയാൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നത് പക്ഷെ അതും നിങ്ങൾ എന്തായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ല പ്രസാദായിട്ട് തരിക ആണോ ചില അമ്പലങ്ങളിലൊക്കെ പോയി നിങ്ങൾ ത്രിമധരത്തിന് കൈനീറ്റിയാൽ ത്രിമധരം മാത്രല്ല കിട്ടുക ഉറുമ്പിനെയും കൂടെ കിട്ടും കാരണം ത്രിമധരം മാറ്റി വെച്ച് കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉറുമ്പ് വരും അപ്പൊ നിങ്ങൾ ഉറുമ്പിനെ തന്നു കഴിഞ്ഞാൽ അത് കഴിക്കുമോ ഒരു കാര്യം അവിടുത്തെ ഇല്ല നിങ്ങൾ മാറ്റേണ്ടത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് കഴിക്കണം നിങ്ങളത് വൃത്തി കേടാന്ന് പറഞ്ഞു കളയോ ഉണ്ടോ ഇല്ല നിങ്ങളതൊക്കെ സ്വീകരിച്ചിരിക്കുന്നവര് ഇതൊക്കെ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ആർക്ക് പരിഹരിക്കാം ഇതിനെപ്പറയും ആറ്റിറ്റ്യൂഡ് എന്ന് പറയും അപ്രോച്ച് എന്ന് പറയും അനുഭവങ്ങളോടുള്ള അപ്രോച്ചിലാണ് ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് മനസ്സിലായില്ലേ ഭക്തി ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ എത്രത്തോളം നിങ്ങളുടെ മനസ്സിനെ ഒരു ഭഗവാന്റെ ദാസൻ എന്ന ബോധത്തോടെയും എല്ലാം ഭഗവാന്റെ പ്രസാദൻ എന്ന ബോധത്തോടെയും കാണുന്നുവോ നിങ്ങളുടെ മനസ്സ് എല്ലാം ഒരു നല്ല രീതിയിൽ കാണാൻ തുടങ്ങും ഇതെല്ലാം നമ്മൾ കാണുന്നതെങ്കിൽ എല്ലാറ്റിലും നമുക്ക് പ്രശ്നങ്ങളായിരിക്കും തൊടുന്നത് മുഴുവൻ പ്രശ്നം കാണുന്നത് മുഴുവൻ പ്രശ്നം നിങ്ങൾക്ക് എല്ലാത്തിലും കുറ്റങ്ങളെ പറയാനുണ്ടാവുള്ളൂ അത് ശരിയില്ല ഇത് ശരിയില്ല ചില ആളുകളുണ്ടല്ലോ സർദ്ദിക്ക് പോയി കഴിഞ്ഞാൽ പറയും അതിലെരിവില്ല അതിന് പൊളിയില്ല പറയണം നമ്മളൊക്കെ ഉപ്പ് കൂടി മുളക് കൂടി എന്നൊക്കെ പറയണം പക്ഷെ നമ്മൾ അതിൽ ഡിസ്റ്റേബ് ആവാൻ പാടില്ല പണ്ടൊരാൾ പറഞ്ഞ പോലെ മധുരം കൂടിയാലും നമ്മൾ പറയണം ഈ മധുരം എനിക്കിഷ്ടമാണ് കംപ്ലയിന്റ് ഇല്ലാത്തൊരു ജീവിതം അത് നമ്മുടെ സ്വപ്നമായിരിക്കണം നമ്മൾ കാരണം ഒരു കംപ്ലയിന്റുകളും ഉണ്ടാകും പൊതുവെ നമ്മൾ കാണുന്നത് പ്രായം കൂടുന്തോറും കംപ്ലൈന്റുകൾ കൂടി വരുന്നതാണ് അതുകൊണ്ടാണ് അവരകറ്റി നിർത്തുന്നത് നിങ്ങൾ തന്നെ നോക്കൂ നിങ്ങളുടെ കുട്ടി ഒരാളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഒന്ന് വൈകുന്നേരം കല്യാണത്തിന് പോണല്ലോ എന്ത് ട്രാഫിക് ബ്ലോക്ക് ആണ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട കല്യാണ സ്ഥലത്ത് നമ്മൾ എത്തും ആക്സിഡന്റ് പറ്റിയാലോ അപ്പൊ ഭാര്യ വേണ്ട നിങ്ങൾക്കുവല്ലോ സംഭവിച്ച പിന്നെ എനിക്കാരുണ്ടാവുക ഉടനെ ഇദ്ദേഹം പറയാനാണ് നിനക്കാണ് സംഭവിച്ചതെങ്കിലോ ഉടനെ ഭാര്യ പറഞ്ഞു നിങ്ങൾ രണ്ടാമത് കെട്ടില്ല എന്നുള്ളതിന് എന്താ ഉറപ്പു ഇതൊന്നും സംഭവിച്ചിട്ടില്ലേ അതിന് മുമ്പാണ് ഇവര് ഇരുത്തി ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയാണ് മനുഷ്യ എന്ന് പറയുന്നത് വെറുതെ വേണ്ടാത്തതെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ വിരുന്ന് ചർച്ച ചെയ്തു ഇതാണ് മനുഷ്യൻ സാധാരണ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കും ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ വീട്ടിലിരുന്ന് തന്നെ ചാവും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കൂ അങ്ങനെ നമ്മുടെ ജീവിതം നശിപ്പിക്കരുത് നമ്മളാരാണ് ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്തു വരുന്നതും ഭഗവാന്റെ പ്രസാദമാണ് നോ കംപ്ലൈന്റ് ഞാൻ എന്തു വന്നാലും അതിന് സന്തോഷത്തോടെ സ്വീകരിക്കാം അതിനൊന്ന് പഠിച്ചു പരിശീലിച്ചു നോക്കൂ എന്തൊരു സ്വസ്ഥത ഉണ്ടാവും എന്നറിയുമോ മനസ്സിന് വളരെ സുഖമായിരിക്കും നിങ്ങളെക്കൊണ്ടൊരാൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള ജീവിതമാണ് പറയാൻ വളരെ എളുപ്പമാണ് ജീവിക്കാൻ വളരെ പ്രയാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ കാലം വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞ ആൾക്ക് പെട്ടെന്നിങ്ങനെ തിരികെ ചൊറിയാൻ പറ്റില്ല കാരണം കുറെ കാലം കൊണ്ട് അയാൾ ഉണ്ടാക്കിയ ശീലവണ്ണത്ത് ഇനി നേരെയാക്കിയെടുക്കണമെങ്കിൽ നിരന്തരമായൊരു അഭ്യാസം ആവശ്യമുണ്ട് അർജുനൻ ചോദിക്കേണ്ടത് കൃഷ്ണ ഈ പറയണൊക്കെ വളരെ ഈസിയാണ് എന്താ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന പറയായിരിക്കുന്നത് ഇന്ന് അങ്ങോട്ട് മാറുന്ന വിചാരിക്കുന്നത് വീട്ടിൽ പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ദാസനാണ് ഒന്നും പറയില്ല ഇതൊക്കെ വരുന്ന പറയണത് അതൊന്നും വരില്ല അപ്പോഴേക്കും ദാസൻ എന്നല്ല പറയുക വടിയെടുത്തിട്ടുണ്ടാവും എടുക്കേണ്ടതൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചീത്തവാക അപ്പ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു അരിയില്ല നേരെയാണത് കുട്ടരല്ല ഒരു വായനപ്പാ എന്തിനാകുമോ എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓ അപ്പോഴാണ് സ്വാമി പറഞ്ഞത് ദാസനാണെന്ന് അത് പറയായിരുന്നു വിട്ടു അതെന്തുകൊണ്ടാണ് ചോദിച്ചുകഴിഞ്ഞാൽ ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാധി ഫലവദ്രൃഢം തസ്യാഹം നിഗ്രഹം തന്നെ വായൂരിവ സുദുഷ്കരം കേട്ടതെല്ലാം പ്രമാദം മറന്നുപോകും കാരണം മനസ്സ് ചഞ്ചലമാണ് പണ്ടത്തെ സ്വഭാവം പെട്ടെന്ന് മനസ്സിനെ ചഞ്ചലമാക്കും നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും ഇനിയാ നമ്മൾ അവർക്ക് ഇതൊന്നും പറയരുതായിരുന്നു ചെയ്യരുതായിരുന്നു കാരണം നമുക്കറിയാമായിരുന്നു പക്ഷെ അറിവൊന്നും പെട്ടെന്ന് നമ്മുടെ സഹായത്തിന് എത്തില്ല ചഞ്ചലം അപ്പം അർജുനൻ ചോദിക്കുമ്പോ ഭഗവാൻ പറയാണ് അസംശയം മഹാബാഹു ഇക്കാര്യത്തിൽ സംശയമില്ല പെട്ടെന്നൊന്നും നേരിയാവില്ല പക്ഷേ അഭ്യാസീനത് കൊന്ത എന്ത് ചെയ്യണം അഭ്യസിച്ചെടുക്കണം എന്നാ പിന്നെ നേരെയും കിട്ടുന്നവരെയാണ് ഇപ്രകാരം ആ ദക്ഷന്റെ ജീവിത കഥ പറഞ്ഞു എന്നിട്ടോ ക്രദ്ദേശമദ്യമകൃത്തശീർഷോ देव प्रसादित हरा द्ध जीव तलपूरीद कदम पुनरापशा सप्त प्रशांकल ഉദ്ദേശമർദ്ധിത മക ആ കോപിച്ച ശിവനാൽ യാഗം തകർക്കപ്പെട്ടു കൃത്യശീഷ അത് ദേവപ്രസാദിതാണ് ലബ്ധജീവ അയാളുടെ തല അവിടുന്ന് മാറ്റപ്പെട്ടു തലയെടുത്തുകൊണ്ട് ഹോമിച്ചു പിന്നെ അയാൾക്ക് ഏത് തല ആടിന്റെ തല അങ്ങനെ ആദ്യമായി ആടിന്റെ തല മാറ്റി വച്ചുള്ള ഓപ്പറേഷൻ ചെയ്തത് മനുഷ്യന്റെ തല മാറ്റിയിട്ട് ആടിന്റെ തല കൊടുത്തത് പരമശിവനാണ് ആദ്യത്തെ എന്താണ് ഹെഡ് സർജൻ ഞാൻ സർജറി എന്ന് എനിക്ക് അറിയാൻ തല മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ഈശ്വര അതൊന്നും ഈ ജീവിതത്തിൽ ആരും കണ്ടുപിടിക്കാതിരിക്കട്ടെ കാരണം മിക്കവാറും ആൾക്കാർക്ക് വീണ്ടല്ല തലയും കൊണ്ട് നടക്കാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടേ മാറ്റിവെച്ചാൽ അറിയില്ലല്ലോ ഇപ്രകാരം ലബ്ദ ജീവ വീണ്ടും ജീവൻ തിരിച്ചു കിട്ടി തൽ പൂരിത കൃത് വരാ വീണ്ടും ആ യാഗം തുടർന്ന് നടത്തി ശാന്തി മാപ്പ ശാന്തിയെ കൈവരിച്ചു ഇപ്രകാരം പ്രശാന്തിയെ നൽകിയ ഗുരുവായൂരപ്പ എന്നെ അനുഗ്രഹിച്ചാലും ലോകത്തിൽ നിന്ന് മുക്തമാക്കി അനുഗ്രഹിച്ചാലും കഴിവുള്ളവനാണ് അറിവുള്ളവനാണ് എന്തുണ്ടായില്ല വിനയമുണ്ടായില്ല അറിവും കഴിവിനും അനുസരിച്ച് എന്തുകൂടി വേണം വിനയം വിനയം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ദാസനാണെന്ന ബോധം അതുണ്ടാവണം വരുന്നതെല്ലാം ഭഗവാന്റെ പ്രസാദമാണെന്ന് ബോധം വരണം ഇതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശാന്തിക്കും സമാധാനത്തിനും വേറെ എവിടെയും പോകേണ്ടതില്ല നമ്മൾ മനസ്സിന്റെ ഒരു ദൌർബല്യമാണ് കമ്പയർ ചെയ്യാൻ മറ്റുള്ളവരുമായി എപ്പോഴും കമ്പാരിസൺ നടത്തും ഇങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോൾ അതിന് എക്സ്പെക്ടേഷൻ കൂടും എക്സ്പെക്ടേഷൻ കൂടുന്നതിനനുസരിച്ച് എക്സ്പെക്ട് ചെയ്തത് കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സ് ക്രോധവും വിഷമങ്ങളൊക്കെ കാണിക്കും അത് നമ്മുടെ മനസ്സിന്റെ ബാലൻസ് തെറ്റിക്കും അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത് മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത് നമ്മുടെ മനസ്സിന്റെ സമീപനമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും സമീപനം ശരിയായാൽ ജീവിതം ശരിയായി നിങ്ങൾ എങ്ങനെ കാണണോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് മനസ്സിലായില്ലേ ഏത് രീതിയിലും നിങ്ങൾ കാണുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏത് രീതിയിലും കാര്യങ്ങളെ കാണാനുള്ള ഒരു വിവേകം തന്നിട്ടുണ്ട് നല്ല രീതിയിലും കാണാം ചീത്ത രീതിയിലും കാണാം കേട്ടിട്ടുണ്ടോ അറിയില്ലേ പണ്ട് മഹാരാഷ്ട്രയിലൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഏകനാഥ മഹാരാജനാണ് ഏകനാഥ് വളരെയധികം ഭാഗവതം ഉൾക്കൊണ്ട് ജീവിച്ച ഒരു മഹാത്മാവ് ഇദ്ദേഹത്തിന്റെ ദേഷ്യം എന്ന് പറയേണ്ട സാധനം ഇല്ലേ അത്ര ക്രോധം വരിയില്ല ഇദ്ദേഹത്തിനെ വേണ്ടി ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ള രണ്ടു മൂന്ന് ആൾക്കാർ ചേർന്നു ക്രോധം വരുത്താൻ ആർക്കെങ്കിലും സാധിച്ചാൽ അവർക്ക് ആയിരം രൂപ കൊടുക്കുന്നു കെട്ടിവെച്ചു അങ്ങനെ ഒരു പൌർണമി ദിവസം ഇദ്ദേഹം ഗംഗയിലേക്ക് പോവുകയാണ് കുളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഗംഗയിൽ കുളിച്ച് കയറി വരുന്ന സമയത്ത് ഇയാളുടെ ശരീരത്തിൽ വൃത്തികേട് വലിച്ചെറിയണം അങ്ങനെ ഇയാൾക്ക് ദേഷ്യമുണ്ടാക്കണം കുളിച്ചു വരുന്ന ആളുടെ മേലെ വൃത്തികേട് വലിച്ചെറിഞ്ഞാൽ എന്തുണ്ടാവും ദേഷ്യം വരും പക്ഷെ ഇയാൾക്ക് ദേഷ്യം വന്നില്ല ഇയാൾ കുളിക്കാൻ പോയി വീണ്ടും കുളിച്ചു വന്ന സമയത്ത് ഒരാൾ വേറൊരാൾ വന്നിട്ട് മുഖത്തിനു തുപ്പ് അറിഞ്ഞുകൊണ്ടാണ് തുപ്പല് തുപ്പിയത് ചോദി പറഞ്ഞു അദ്ദേഹത്തിന് ഒരു വിഷമമില്ല എപ്പോയി കുളിച്ചു വന്നു വേറൊരാള് വന്നിട്ട് മേൽ തുപ്പി ഇങ്ങനെ ഇയാളുടെ മേല് വന്നിട്ട് തെറ്റ് ചെയ്യാൻ തുടങ്ങി കുറെ കഴിഞ്ഞ ഒരു പത്തുനൂറ് പ്രാവശ്യം ഇങ്ങനെ ചെയ്തു അദ്ദേഹത്തിന് ഒരു പരാതിയില്ല പോയി വീണ്ടും വീണ്ടും മുങ്ങിയിട്ട് വരും അവസാനം ഈ ഗുണ്ടകളൊക്കെ കൂടി ചേർന്ന് കാൽക്കളി വീണു ഞങ്ങൾ വലിയൊരു അപരാധം ചെയ്തു ഞങ്ങൾ വെറ്റിവെച്ചതാണ് ആയിരം രൂപയ്ക്ക് അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങേ ക്രോധം വരുത്താൻ വേണ്ടിട്ടാണ് അങ്ങനെയൊക്കെ പരിഹരിച്ചത് ഞങ്ങൾ ചെയ്തു നോക്കിയത് അങ്ങേക്ക് എന്ത് വന്നാലും ക്രോധം വരുന്നില്ല എന്ന് കണ്ടു ഞങ്ങളെ ശപിക്കരുത് മഹാത്മാവേ കാരണം അങ്ങേയപ്പോൾ ആളുകൾ ശപിച്ചാൽ മതി ജീവിതം നശിക്കാമെന്ന് അദ്ദേഹം അവരെ തൊഴുതുകൊണ്ട് പറയാതെ എനിക്കൊരു സേവനം ചെയ്തു തരണം എന്ന് അതെന്താണ് ഒരു പ്രാവശ്യം കൂടി എന്റെ മേലെ തുപ്പണമെന്ന് അതെന്തിനാണ് നൂറ് പ്രാവശ്യമല്ലേ തുപ്പിയിട്ടുള്ളൂ നൂറ്റൊന്ന് പ്രാവശ്യം തുപ്പിയാൽ നൂറ്റിയൊന്ന് പ്രാവശ്യം മുങ്ങിയ ഫലം എനിക്ക് കിട്ടില്ല എന്ന് അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത് നോറ്റിയൊന്നും പ്രാവശ്യം ഗംഗയിലെ കുളിച്ചു കഴിഞ്ഞാലോ നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ആ ഒരു പ്രാവശ്യം തന്നെ തുപ്പിയാ മതി തുപ്പണ്ട നോക്കിയാൽ മതി കൊടുക്കേണ്ടതല്ല അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടാവും അതാണ് രസം അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ബാലൻസ് ഇപ്പൊ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞു നമ്മളാ നോക്കുന്ന ദൃഷ്ടി ശരിയല്ല അതെ ഇപ്പൊ ആ കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിച്ചു തന്നെ ആകെ ദേഷ്യത്തിലായിരിക്കുന്നത് പിന്നെങ്ങനെ മക്കൾക്ക് വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ പത്തൻ കുളിച്ചിട്ടാ കുമ്പളം വരില്ലല്ലോ അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നെങ്കിൽ ആ സ്വഭാവങ്ങളൊക്കെ നമ്മളെ സ്വാധീനിച്ചു ക്രമേണ ക്രമേണ നമ്മൾ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും മുക്തരാകണം അതാണെങ്കിലോ ഭഗവാൻ അങ്ങനത്തെ പരീക്ഷണേ നമുക്ക് തരുള്ളൂ ദേഷ്യം വരരുതെന്ന് വിചാരിച്ചാലും മക്കളെ ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കത്തെ ആക്കി ആ രീതിയിലുള്ള സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും മക്കൾ ദേഷ്യം വരില്ല എന്ന് വിചാരിച്ചാലും ദേഷ്യം വരുത്തിയിരിക്കും അങ്ങനെയൊക്കെ നമ്മളെ പരീക്ഷിക്കുമ്പോഴും നമ്മൾ അതിനെ ജയിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും ഉയർത്താൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെ മെഡിക്കൽ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നെങ്ങനെയാണ് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഒരു സ്ട്രോക്ക് കൊടുത്തു എന്ന് വരികയാണ് അതാണത്രേ പിൽക്കാലത്ത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് ഈ പാരലെറ്റിക് അറ്റാക്കായിട്ട് മാറുന്നത് അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് ഡാമേജ് വരുത്തുന്നുണ്ട് അത്രേ അത് വർദ്ധിച്ച് വർദ്ധിച്ച് കുമിഞ്ഞുകൂടി കുമിഞ്ഞുകൂടി കുറേ കഴിഞ്ഞാൽ അത് ഒരു ദിവസം അങ്ങോട്ട് തകർന്ന് നമ്മൾ തളർന്നു അന്ന് നമ്മൾ അറിയുന്നില്ല ഇത് കാരണമാണ് അന്ന് തളർന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതല് ബാലൻസ് ഇല്ലാതെ ജീവിക്കുന്നതാണ് പിൽക്കാലത്ത് നമുക്ക് ബാലൻസ് മുഴുവൻ നശിപ്പിക്കുന്ന ജീവിതമായിട്ട് നമ്മൾ അറിയുന്നത് ശരീരമല്ല തളർത്തുന്നത് തളർത്തുന്നത് മനസ്സാണ് മനസ്സ് വർക്ക് ചെയ്യുന്ന ഉപകരണം കേടുവന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് വർക്ക് ചെയ്യാൻ സാധ്യല്ല അത് നമ്മൾ പെട്ടെന്നുള്ള ചില ക്രോധമുള്ള ചിന്തകൾ കാരണം ദേഷ്യങ്ങൾ കാരണം എവിടെയെങ്കിലുമൊക്കെ തളർത്തി തളർത്തി അതിന്റെ ആ ഉപകരണങ്ങൾ തളർന്നുകഴിഞ്ഞാൽ പിന്നെ അതിന് പ്രവർത്തിക്കാൻ സാധ്യമല്ലാതെ അത് നാല് സ്ഥലത്താണ് സ്ട്രോക്ക് വരിക നമ്മുടെ മനസ്സിന് ദേഷ്യം വരുമ്പോൾ ഒന്നത് ബ്രെയിനിൽ ഡാമേജ് വരുത്തും രണ്ടത് ഹാർട്ടിനെ ബാധിക്കും മൂന്നത് ലങ്സിനെ ബാധിക്കും അതുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസമൊക്കെ നോക്കിയിട്ടോ വളരെയധികം വേഗത്തിലാവും നാലത് കിഡ്നി ആയിരിക്കും അപ്പൊ കിഡ്നി ലങ്സ് ഹാർട്ട് ബ്രെയിൻ ഇത് നാലും അങ്ങോട്ട് കേടുവരുത്താൻ ആർക്ക് സാധിക്കും നമ്മുടെ ദേഷ്യത്തിന് സാധിക്കും നമ്മൾ അറിയുന്നത് പോലും ഉണ്ടാവില്ല എവിടെയാ കേടുവരുന്നത് പിന്നെ പിന്നെ പിന്നെ പിന്നെയാണ് ഇത് നമ്മുടെ ശരീരത്തിനെ തളർത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ രോഗങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണ് പലരും രോഗത്തിലേക്ക് വീണത് രോഗം വരാതിരിക്കാനുള്ള വഴി എന്താണ് ഇവിടെന്നെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക എന്ത് ഇനിയെങ്കിലും ക്രോധത്തെ ഒക്കെ നിയന്ത്രിക്കണം കാരണം ഞാൻ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് അവർക്കല്ല ഗുണം കുഴപ്പം എനിക്കാണ് നഷ്ടം ഞാൻ എന്റെ ആയുസ് ഒന്ന് കുറച്ചു എന്ന് പറയുന്നത് ക്രോധം കാരണം ഈ ശരീരത്തിന്റെ ആയുസിനെ ഒന്നുകൂടി നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ ക്രോധാവസ്ഥ കൂടി വരികയാണ് കുറയല്ല ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ലോകം ഇങ്ങനെ അതപ്പതിച്ചു പോകുന്നത് ഇതൊക്കെ മാറ്റിയെടുക്കൂ പ്രിയങ്ങൾ ഇപ്രകാരം പറഞ്ഞ് ഈ ഭാഗം ഉപസംവരിപ്പിച്ചു ഇനിയാണ് അധികം ഭീരമായ ധ്രുവചരിതം എന്ന കഥ പറയുന്നത് എന്താണത് നേരത്തെ സ്വയംഭൂമനുവിന്റെ കഥ പറഞ്ഞപ്പോ രണ്ട് ആൺകുട്ടികളുടെ അത് പറഞ്ഞു രണ്ട് ആൺകുട്ടികളുണ്ടായിരുന്നു ഉത്താനപാതനെന്നും പ്രിയവ്രതനും ആ ഉത്താനപാദന്റെ ചരിത്രമാണ് ധ്രുവചരിതം ഉത്താനവാദപതി മനനന്ദനുരജന്തി അന്യാസുരീതിരി ത്മേവ നിത്യമഗതീശരണം ഗതാഭൂ മനുനന്ദനസ അരമനോ ആദ്യത്തെ സ്വയം ഗോപനം അദ്ദേഹത്തിന് ഉത്താനപാധൻ എന്ന് പറയുന്നൊരു പുത്രൻ രണ്ട് പുത്രന്മാരിൽ ഒരാളൊത്താനവ് അദ്ദേഹത്തിനാണെങ്കിലോ രണ്ട് പത്നിമാരുണ്ടായിരുന്നു ആരൊക്കെയാണത് സുരുചിയെന്നും സുനീതി എന്നും രണ്ട് പത്നിമാരുണ്ടായിരുന്നു അവരിലെല്ലാം അദ്ദേഹത്തിന് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഏതായാലും സുനീതിയെക്കാളും രാജാവിന് കൂടുതലിഷ്ടം സുരുചിയോടായിത്തീരുന്നു കാരണം സുരുചി എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ശരിയാണല്ലോ സു എന്ന് പറഞ്ഞാൽ രുചിയോട് കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവളെന്നും അപ്പൊ ഭാര്യ എന്തേ ഭർത്താവിനെ നല്ല മസാല ദോശ ആളുടെ ജീവിതം മസാലയൊക്കെ തീർത്തു സുനീതിയാണെങ്കിലോ ഉപദേശം നീതി എന്ന് പറഞ്ഞാൽ ഉപദേശം ആർക്കും വേണ്ടാത്തൊരു സാധനമാണ് ഇത് ഉപദേശം ഉപദേശിക്കാൻ പോയി ഉപദേശിക്കാൻ പോയി ഭാര്യ ഔട്ടായി മറ്റവള് മസാല ദോശ ഉണ്ടാക്കി കൊടുത്ത് അവരകത്തുപോയി സുനീതി പുറത്ത് ഏതായാലും അങ്ങനെയൊക്കെ സുനീതി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടുവെങ്കിലും ഭഗവാനിലേക്ക് മനസ്സിനെ അടുപ്പിച്ച് ഭഗവാനിൽ ശരണം പ്രാപിച്ചു എന്ന് പറയുന്നു ഇപ്രകാരം അവളുടെ ജീവിതം ഉയർന്നു നോക്ക് വളരെ രസകരമാണ് ഈ ചിന്തനെ ഭർത്താവ് ഉപേക്ഷിച്ചാൽ തളർന്നവളായിരുന്നില്ല അര് സുനീതി ഭർത്താവ് ഉപേക്ഷിച്ചിട്ടും അവളുടെ മനസ്സ് ആരിലേക്ക് തിരിഞ്ഞു ഭഗവാനിലേക്ക് തിരിഞ്ഞു എന്നിട്ടോ അങ്കേ പിത്രകമുത്തമം തം ദൃഷ്ടോൻ കിലിശുസുതരാം പിതാവിന്റെ അംഗത്തിൽ മടിത്തട്ടിൽ സുരീപുത്രകം ഉത്തമം ദൃഷ്ട സുരജിയുടെ പുത്രനായ ഉത്തമനെ കണ്ടപ്പോ അതിരൂക്ഷ്യാൻ സുനീജി സുതധ്രുവ അവനും ഒന്ന് കയറണം തോന്നി ആർക്ക് സുനീതി പുത്രനായ ത്രിവനും ഒന്ന് കയറണം തോന്നി ആ സമയത്ത് സുരക്ഷ ആചെ സുരുചി വന്ന് വേദനിപ്പിക്കുന്ന വാക്കുകളെ കുട്ടിയെ തട്ടി മാറ്റി എന്താണ് നിനക്കവിടെ ഇരിക്കാൻ അധികാരമുള്ളത് എനക്ക് അറിയില്ല അച്ഛനും എന്നെ കണ്ടുവിടാന്നുള്ളത് നിങ്ങളൊക്കെ ുനീജി പുത്രനോട് പറഞ്ഞപ്പോ ഭഗവൈ വിമുഖൈ അസൂയ അങ്ങയോട് വിമുഖന്മാരായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും അസൂയ ഭഗവാനെ അതിൽ പ്രത്യേകതയൊന്നുമില്ല ഈ സുരിജിയുടെ മനസ്സിൽ അസൂയ എന്ന് പറയാൻ എന്നിട്ടോ തൊന്മോഹിതേ പിതരി പശ്ചരിതാരവശീ ദൂരം ദുരക്തിനിഹിത സഗതോ നിജാ സാവിസ്വകർമ്മതി സന്ദരണായ പുംസാം വശ്യി പിതരേ പശ്യതി ഭാര്യയാൽ ആസക്തനായിരിക്കുന്ന സുരീജിയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്ന അച്ഛന്റെ മുഖത്ത് നോക്കിയപ്പോ അച്ഛനൊന്നും പറയാതെ വന്നപ്പോ വിരുദ്ധ നിഹിത നിജാ ആ കുട്ടി അവിടെ നിന്നും മനസ്സ് വേദനിച്ചുകൊണ്ട് സ്വന്തം അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു ശജവേം സന്തരണായ ആ അമ്മയാണെങ്കിലോ തന്റെ പുത്രനുണ്ടായ വേദന പുത്രന്റെ ശിരസ് തലോടിക്കൊണ്ട് അമ്മ പറയുന്നത് കുട്ടിയോട് അരേ ശരണം പ്രാപിക്കാനാണ് ഭഗവാനെ പഞ്ചവർഷ അഭി കുട്ടിയുടെ വയസ്സ് അഞ്ചു വർഷം മാനി വേദന കൊണ്ട് മാനിയാണെങ്കിലും ആ കുട്ടി മാതൃവചനം ആകർന്ന അമ്മ പറഞ്ഞതിനെ പൂർണ്ണമായി അങ്ങോട്ട് ഉൾക്കൊണ്ടു ആരൊക്കെ കൈവിട്ടാലും ഭഗവാൻ കൈവിടില്ല എന്ത് ചെയ്തു പവതർച്ചന നിശ്ചിതാത്മാ ഭഗവാനെ കണ്ടേ അടങ്ങുള്ളൂ എന്നൊരു പ്രതിജ്ഞ ചെയ്തു എന്നിട്ട് കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി നരകാൽ വീട്ടിൽ നിന്നിറങ്ങി വഴിയിൽ വെച്ച് ഒരാളെ കണ്ടു നാരായണ നാരായണ കുട്ടി ആദ്യം തെറ്റിദ്ധരിച്ചു ഈ പാക്കിയായിരിക്കും നാരായണെന്ന് കാലിക്കലൊക്കെ ചെന്ന് വീണു പറഞ്ഞു അവിടെന്നാണോ നാരായണെന്ന് ചോദിച്ചു കുട്ടിയാരായണെന്ന് പറഞ്ഞ ഞാൻ സുനീതി മാതാവിന്റെ പുത്രൻ അച്ഛന്റെ പേര് ഉത്താന്റെ പാകൻ എന്തിനാ കുട്ടി ഇങ്ങനെ മുഖത്തൊക്കെ വളരെ ഒരു വല്ലാത്തൊരു ക്രോധമാവക്കണ്ടല്ലോ ചെറിയമ്മയുടെ വാക്കുകൾ കേട്ട് വേദനിച്ചിരിക്കുകയാണ് എനിക്ക് ഈശ്വരനെ കാണണം അങ്ങാണോ ഈശ്വരൻ ഒടിഞ്ഞു വന്നിട്ടില്ല എത്രയോ മഹർഷിമാരെ എത്രയോ കാലം തപസ് ചെയ്തിട്ടും കിട്ടാത്തൊരു സാധനം നിങ്ങളുടെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോയി എന്താണ് പറയേണ്ടത് ഉടനെ കുട്ടി അയച്ചു അങ്ങയുടെ ഒരു നാരദം എങ്ങനെ മനസ്സിലായത് അല്ല വഴി മുടക്കാൻ എക്സ്പേർട്ട് ആണെന്ന് കേട്ടിട്ടുണ്ട് എന്റെ വഴിയൊന്നും മുടക്കണ്ട ഞാൻ ഒരു കാര്യം നിശ്ചയിച്ചാൽ നിശ്ചയിച്ച പോലെ നടന്നിരിക്കും അപ്പൊ നാരദമാഷിയാണെന്ന് മനസ്സിലായതും കാൽക്കല് വീനോട് പറഞ്ഞു ആർഷേ എങ്ങനെയെങ്കിലും ഒന്ന് ഭഗവാനെ കാണണമല്ലോ എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു മാറുന്ന പ്രശ്നമല്ലേ അപ്പോഴാണ് നാരദമാഷി ഭഗവാനെ കാണാൻ വേണ്ടി ത്വാമാരരാതപസാ മധുഗാനനന്ദേ പറഞ്ഞയക്കാണ് എങ്ങോട്ട് മധുഗാനനം എന്ന് വെച്ചാൽ മധുഗനത്തിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു നാമവും ചൊല്ലാൻ പറഞ്ഞു എന്താ നാമം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഇരിക്കാൻ നിശ്ചയിച്ചു എന്നിട്ടോ താദേ വിഷണ്ണൃ നഗരി ശ്രീനാരദേന വരി ബാലനായ ധ്രുവൻ തപസ്സനായിട്ട് കാട്ടിലേക്ക് പോയ സമയത്ത് നഗരീകത ശ്രീ നാരദേനെ പരിസാന്ത ചിത്തവിടുത്തു കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു ആര് നാരദ മഹർഷി അപ്പൊ ഇവിടെ രാജാവ് ഇങ്ങനെ ദുഃഖിതനാണ് എന്റെ ഉണ്ണിപ്പോയി കാട്ടിലേക്ക് പല മൃഗങ്ങളും ഉണ്ണിയെ പിടിച്ചു കഴിക്കും മഹർഷി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പ പറഞ്ഞു എന്താ അങ്ങനെയൊക്കെ കാരണം അല്ല എന്റെ ഭാര്യ ചീത്ത ഞാൻ തടയേണ്ടതായിരുന്നു നഗി തടയായിരുന്നില്ലേന്ന് ഇല്ലേ ഞാൻ തടഞ്ഞാൽ അവൾ എന്നെയും പറഞ്ഞേക്കുന്നത് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവർക്ക് രാജാവിന് നാണമില്ലാത്ത രാജാവ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു അങ്ങയുടെ പുത്രൻ ഒരു മഹാനായിട്ട് നിന്നീ കടോര തപസാ കിലവൻ ജമാസാൻ വളരെ കടോരമായ തപസിലൂടെ വലിയൊരു മഹാത്മാവായിട്ട് തിരിച്ചുവരും ആ കുട്ടിയാണെങ്കിലോ അഞ്ചു മാസം കടന്നുപോയത് അറിഞ്ഞില്ലാ പറയാണ് ബാലത്തോർപ്പിത മനാത്മവർദ്ധിതേന ഭഗവാനിൽ തന്നെ മനസ് വെച്ച് അഞ്ചു മാസം കടന്നു പോയത് അറിഞ്ഞില്ല എന്നാണ് എന്നിട്ടോ താവത്തപോലിരുസിഗന്ദേ ൂപചിദ്രസലീന മതേ പുരസ്താൽ ആവിർഭവോതിരൂഢ ഭഗവാൻ ആവിർഭവൂ അവതരിച്ചു ആരുടെ ആ അഞ്ചു വയസ്സ് പ്രയനുള്ള ദുബന്റെ മുന്നിൽ അവതരിച്ചു എന്നാണ് പറയണോ ദിക്കായ ദിക്കെല്ലാം സമസ്ത പ്രാണികൾക്കും അപൂപല നിരുചിതേ അവരുടെയൊക്കെ പ്രാണൻ പിടിച്ചു നിർത്തിയെന്നാണ് കുട്ടി അത്രമാത്രം കുട്ടിയുടെ തപസ്സുകൊണ്ട് എല്ലാ പ്രകൃതി പോലും അതിനനുസരിച്ചൊന്ന് പേടിച്ചുപോയി ആ സമയത്ത് കരുണാഗ്രജേതാ തപസ് കുട്ടിയോട് കരുണാഗ്രതമുള്ള ഭഗവാൻ അവിടേക്ക് ഗരുഡാതിരുട ഗരുഡന്റെ പുറത്തെറിക്കൊണ്ട് അങ്ങോട്ട് പ്രകടമായി ആ കുട്ടിയുടെ മുന്നിലായി പ്രകടമായി കുട്ടി നോക്കുന്ന കുട്ടി നോക്കുന്നില്ല ഭഗവാനെ കുട്ടി കണ്ണടച്ചിട്ടാണ് ആരെ കാണുന്നത് ഭഗവാനെ കാണുന്നത് ഭഗവാനിയുടെ മുന്നിൽ വന്നിട്ടും ശങ്കുചക്ര കഥാരൂപത്തിൽ ഗരുഡാരൂടനായി വന്നിട്ടും കുട്ടി നോക്കുന്നില്ല ഇത് കണ്ടപ്പോ ഭഗവാനെന്ത് ചെയ്തു പ്രമത ഭാരതം തം നിമഗ്നായ ഭഗവാനെ ആദ്യം കണ്ടു നോക്കിയില്ല ഭഗവാന് മനസ്സിലായി കുട്ടി തന്റെ ഉള്ളിലാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് സങ്കല്പമാത്രയിൽ ഭഗവാൻ ഉള്ളിലുള്ള രൂപത്തെ മറച്ചു കുട്ടി അതുവരെ പിടിച്ചു വച്ച രൂപം നഷ്ടപ്പെട്ടതിലുള്ള വേദന കൊണ്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ കണ്ണിന്റെ മുമ്പിൽ കാണുന്നു ഗരുടാരൂടനായി പീതാംബരധാരിയായി ശങ്കചക്രകഥാരൂപത്തിൽ ഭഗവാൻ കുട്ടി ഇങ്ങനെ കണ്ണു വെച്ചുകൊണ്ട് നോക്കുകയാണ് പെട്ടെന്ന് കാലിലേക്ക് വീണു കണ്ണിൽ നിന്ന് ധാരാരിയേക്ക് കണ്ണുനീര് വീണു കുട്ടിക്ക് എന്തോ ഭഗവാനോട് പറയാനിങ്ങനെ മനസ്സിൽ വരുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് വരുന്നില്ല ഉടനെ ഭഗവാനെന്ത് ചെയ്തത്ര ുകൊണ്ട് കയ്യിലുള്ള തഥാ ആദരേണ കപോലദേശേ തരേണം പൃഷ്ടവൻ തന്റെ കയ്യിലിരുന്ന ശങ്കടത്ത് കുട്ടിയുടെ ആ കവിളിൽ ഒന്ന് തലോടി എന്ന് പറയാണ് ആ സമയത്ത് താവൽ വിബോധ വിമലം പ്രണവന്തം ആപാശദാത്മവഗമ്യ രാജ്യം ചിരം സമനഭൂയ പദസ്വൂയ സർവോത്തരം ധ്രുവപദം നിവൃത്തിഹീനം ആ ശങ്കിന്റെ സ്പർശമുണ്ടായതും വിബോധം ഭഗവാനെ കുറിച്ചുള്ള ബോധമുണ്ടായതാണ് അവിടെ വെച്ച് പലവന്തം ഭഗവാനെ സ്തുതിച്ചു ആ സ്തുതിയാണല്ലോ ശ്രവണിൻ പ്രാണാന്തമോ ഭഗവതി പുരുഷായ ദുഃഖ്യം ഓഹ് എത്ര മനോഹരമാണ് അഞ്ചു വയസ്സുള്ള കുട്ടി ഈശ്വരൻ എവിടെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക നമുക്ക് ഈശ്വരൻ എവിടെ പ്രസുക്തം വാചം പ്രസൂയതാണ് ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെയും ഉറങ്ങിക്കിടക്കുന്ന ശരീരത്തെയും ഉണർത്തുന്നു ആദ്യം അപ്പോൾ ഉണർത്തുന്നവനാണ് ആര് ഭഗവാൻ ഇവിടെയാണെന്നുണ്ടല്ലോ മോഡേൺ മെഡിക്കൽ സയൻസ് പോലും ഭഗവാനും വിശ്വസിക്കുന്നത് ഒരു രോഗിക്ക് ഫുൾ അനസ്തീഷി കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗി ഉണരുമോ എന്ന് ഗ്യാരണ്ടി പറയാൻ ഇന്നും ഡോക്ടർമാർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ ഓപ്പറേഷൻ സമയത്ത് ഓപ്പറേഷന് മുമ്പ് തന്നെ ഒക്കെട്ട് മേടിക്കുന്നത് ഉറപ്പും പറയാൻ പറ്റില്ല ഹൺഡ്രഡ് പേഴ്സന്റേജ് ഷുഗർ പറയാൻ പറ്റില്ല രോഗി ഉണർന്നുവരുന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ അനസ്ഥിശേഷന്മാരോട് ചോദിച്ചു നോക്കൂ ഹൺഡ്രഡ് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഉണരാം ബേബി കോമയിലേക്ക് പോവാം പറയാൻ പറ്റില്ല ഒന്നും ഗ്യാരണ്ടി ചെയ്യാ എത്രയോ രോഗികൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉണരാതെ മരിച്ചവരുണ്ട് ഒരുപാട് രോഗികൾ അതെല്ലാം അവരുടെ ഒരു എന്താണ് പ്രാർത്ഥനയാണ് അവര് ഹൃദയൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് കൈപ്പഴവ് പറ്റല്ലേന്ന് അതുപോലെ ഈ മെഡിസിന്റെ എഫക്ട് മാറിയിട്ടില്ലെങ്കിൽ അപകടമാണത് ഇങ്ങനെ ഉണരുന്ന ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുന്നത് ആരാണ് ഉള്ളിലൊരു ഈശ്വരന്റെ സാന്നിധ്യം തന്നെയാണ് ആ സാന്നിധ്യം പോയി കഴിഞ്ഞാൽ ആർക്കും ഉണർത്താൻ സാധ്യമല്ല എന്ന് പറയുന്നത് പിന്നെ പറയണോ യോ അഖിലശക്തി തരസ്വതാംനാം എന്തെല്ലാം ശക്തികളാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നോക്കൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്വാസം അകത്ത് വരുന്നു പുറത്തു പോകണോ നമ്മുടെ കഴിവുകൊണ്ടാണോ ആണോ നമ്മളെ ഓരോരുത്തരുടെയും കഴിവുകൊണ്ടല്ലോ ശ്വാസം വരുന്നത് ആണോ അത് ഉള്ളിൽ നിന്ന് പുറത്തു കൂടുന്ന നമ്മുടെ കഴിവുകൊണ്ടാണോ ഭക്ഷണം ദഹിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണോ ഹാർട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണോ രക്തം ശുദ്ധീകരിക്കപ്പെടുന്ന കിഡ്നി പ്രവർത്തിക്കുന്ന നമ്മുടെ കഴിവുകൊണ്ടാണോ ഈ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രവൃത്തിയും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ കാരണം കൊണ്ടല്ല ആണോ പേതൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണോ ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത് അഖിലെ ശക്തി തര സ്വതാംന അന്യാാംശ ഹസ്തരണശ്രവണത്വഗാദിൻ എനിക്ക് കേൾക്കാനും കാണാനും ഇരിക്കാനും നടക്കാനും പിടിക്കാനും ഒക്കെ സാധിക്കുന്നത് ഏതൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണോ പ്രാണൻ പ്രാണനായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ഉള്ളിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്തി സകല ശക്തികളെയും ഉണർത്തി അതിനെല്ലാം പ്രവർത്തിപ്പിച്ച് അനുഭവങ്ങൾ അനുഭവിപ്പിച്ച് ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തിയെ ഞാൻ നമസ്കരിക്കുന്നു ഇത് ഏതു വയസ്സുള്ള പറയുന്നത് നമുക്കിന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ നമുക്ക് ദൈവം തന്നെ അമ്പലത്തിലെ വിഗ്രഹത്തിലല്ലേ ഇരിക്കുന്നത് നമ്മൾ ഉണർത്തുന്ന ശക്തിയായിട്ട് നമുക്ക് തോന്നാറുണ്ടോ ആ കുട്ടിക്കത് തോന്നിയിരിക്കണോ പറയാണ് അപ്പൊ നമ്മൾ ക്രമേണത് മനസ്സിലാക്കിക്കൊള്ളണം ഈശ്വരൻ എന്ന് പറയുന്നത് എന്നെ ഉണർത്തി നിലനിർത്തി അനുഭവങ്ങൾ അനുഭവിപ്പിച്ച് തന്ന് എനിക്ക് ജീവിതം തരുന്ന ആളാണ് ആര് ഈശ്വരൻ എന്റെ ജീവിതം എന്ന് പറയുന്നതിനെ കടപ്പെട്ടിരിക്കുന്നത് ഈശ്വരനോടാണ് ആ ശക്തി ഉണ്ടെങ്കിൽ ജ്ഞാനും ഉണ്ട് പറയാന് ആ ശക്തിയില്ലെങ്കിൽ ഞാനുമില്ല ഞാനൊരു സീറോ ആണ് ബിഗ് സീറോ ആണ് രാമകൃഷ്ണപരവസരം ഒരു പത്ത് എഴുതിയതുപോലെയാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വം എന്നൊരു പൂജ്യമാണ് അതിന് വിലയുണ്ടാക്കി കൊടുക്കുന്നത് അതിനുള്ളിലിരിക്കുന്ന ഒരു ഭഗവാന്റെ സാന്നിധ്യമാകുന്ന ഒന്നാണ് ആ ഒന്നെടുത്ത് കളഞ്ഞാലോ പൂജ്യത്തിന് യാതൊരു വിലയുമില്ല ഇത് നമുക്കറിയാമത് പക്ഷെ നമ്മൾ ആ ഒന്നിനെ കാണുന്നില്ല ആരെ മാത്രമേ കാണുന്നുള്ളൂ ഈ ചുറ്റുപാടിനെ മാത്രമേ കാണുന്നുള്ളൂ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ജന്മനാൽ തന്നെ പരാഞ്ചികാനീണ സ്വയംഭൂ പരാരിന്താത്മൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പുറമേയുള്ളത് കാണിച്ചു തരാനാണ് ഏത് കാണുന്നില്ല അന്തരാത്മൻ ഏത് കാണുന്നില്ല ഉള്ളിലുള്ള ശക്തിയെന്നാണ് നമ്മൾ കാണുന്നില്ല അതുകൊണ്ടോ നമുക്ക് ജീവിതത്തിൽ കൂടെ ഈശ്വരനുള്ളതായിട്ട് ബോധം വരുന്നില്ല മനസ്സിലാവുന്നുണ്ടല്ലോ എന്നാൽ ഏതൊരു വ്യക്തിയാണോ ധീര പ്രത്യേകാത്മാനമൈക്ഷൽ ഏതൊരു ധീരനാണോ സൽസംഗങ്ങളിലേക്ക് പോയി തന്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചത്തിനെ കാണിപ്പിച്ചു തരുന്ന ശക്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിലേക്ക് മനസ്സിനെ തിരിക്കുന്നത് അവന് ആവൃത്തചച്ചോ അമൃതക്രമിച്ചൻ ദുഃഖത്തെയും ഭയത്തെയും നേരിടാൻ അവന് സാധിക്കുന്നവരെയാണ് ഇപ്രകാരം നമ്മുടെ മനസ്സിനെ നമ്മൾ പുറമേ ലോകത്തിലേക്ക് ഓടിപ്പോയ മനസ്സിനെ ആന്തരിക ലോകത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഇവിടെ ധ്രുവൻ അനുഭവിച്ചതെല്ലാം ആർക്കും അനുഭവിക്കാം നമുക്കും പ്രീതനായ ഭഗവാൻ ആ കുട്ടിക്ക് കൊടുക്കുന്ന എന്താണ് രാജ്യം ചിരം സമനുഭൂയൂയ സർവോത്തരം ധ്രുവപദം വിവൃത്തിഹീനം മുപ്പത്താറായിരം വർഷം രാജ്യം ഭരിക്കാനുള്ള അധികാരം കൊടുത്തു പിന്നീട് ധ്രുവമതം കൊടുത്തു ഇതെല്ലാം കേട്ടിട്ടോ ഭഗവാൻ വേഗം സ്ഥലം വിട്ടുവതാണ് ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അധികം നിൽക്കില്ലേ അത്ര ഭഗവാൻ മനസ്സിലായില്ലേ ഡിമാൻഡുള്ളവരുടെ അടുത്ത് ആരും നിൽക്കില്ല ഒരു പ്രതീക്ഷയില്ലാത്തവരുടെ അടുത്ത് ആൾക്കാരെ നിൽക്കുള്ളൂ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ഒരു മകൻ അല്ലെങ്കിൽ മകള് രണ്ട് കുട്ടികളുണ്ട് എപ്പോഴും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അത് വേണം ഇത് വേണം അത് അവസാനം ശല്യമായിട്ട് തോന്നും പിന്നെ നിങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മുങ്ങിക്കളയും എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നവരുടെ മുന്നിൽ നമുക്ക് നിൽക്കാൻ തോന്നുന്നില്ല ഉണ്ടോ എപ്പോഴും നിങ്ങളടുത്ത് കാശ് മേടിക്കുന്ന ഒരാളെ കണ്ടാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും അയാൾ വരുന്ന വരുന്നുണ്ട് എന്നുള്ള കണ്ടാൽ തന്നെ സാധാരണ രീതി എന്തു ചെയ്യും മകനോട് പറയും പറഞ്ഞേക്കും അമ്മ അവിടെ ഇല്ലാതെ പറഞ്ഞേക്കും വന്നു അറിയാ നമുക്ക് അവരെ കാട്ടാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പൊ നോക്കൂ അങ്ങനെ ഉള്ള ഭക്തന്മാർ അമ്പലത്തിന് വന്നാൽ ഭഗവാൻ എന്തായിരിക്കും പറയുന്നുണ്ടാവുക എന്നും ഇങ്ങനെ കൈ നേട്ടുന്ന പാർട്ടികളുണ്ടല്ലോ തരൂ തരൂന്നുള്ളത് ഭഗവാൻ എന്താവും പറയുന്നുണ്ടാവുക പൂജാരിയോട് പറയും മറന്നോളൂട്ടോന്ന് അതുകൊണ്ടാണ് ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞിട്ട് ആളുകൾ തൊഴാ നിൽക്കുമ്പോ ആളെ കാണില്ല ആ സമയത്തുണ്ടാവും നോക്കണു അയാളെ പുറകോശം തൊഴുതിട്ട് പോണം കാരണവച്ച് ഭഗവാൻ തോന്നിപ്പിക്കുകയാണ് എന്ന് ഈ പാർട്ടിയെനിക്ക് കാണണ്ടത് കാരണം എങ്കിൽ ഡിമാൻഡായിട്ട് എടുത്തിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഡിമാൻഡില്ലാത്തൊരു ഭക്തനായി തീരണോ ഇവിടെ ധ്രുവന ധ്രുവനെ കൊടുത്തതും ഭഗവാൻ സ്ഥലം വിട്ടു എന്നിട്ടോ ഇത്യോ നിർബനന്ദനോ സൗ ആനന്ദിതീമുദി അനുഗ്രഹ പൂർണ്ണകാമേ ഗതേ മാതൃത രാജ്യ അങ്ങനെ അവിടെ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ധ്രുവൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നപ്പോ നവനന്ദന ആനന്ദിതാഖിലജന എല്ലാവരും വളരെയധികം സന്തുഷ്ടരായി സന്തോഷമുള്ളവരായി ധ്രുവനാണെങ്കിലോ ആദ്യം സുരജി മാതാവിനെ നമസ്കരിച്ചു പിന്നീട് അച്ഛനെ നമസ്കരിച്ചു അമ്മയെ നമസ്കരിച്ചു അഖില പ്രജകളും അത് കണ്ടുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ തൂക്കി ഓ ഇത്രയും നല്ലൊരു ശ്രേഷ്ഠനായ കുട്ടി ഈ കൊട്ടാരത്തിലുണ്ടായല്ലോ അച്ഛനാണെങ്കിലോ കുറെ കാലത്തിന് നഗരി മുബേത നഗരിയെ വിട്ടുകൊണ്ട് അച്ഛനാണെങ്കിൽ താതെ വനം ഗതി നഗരത്തെ ഈ രാജ്യത്തെ മുഴുവൻ പുത്രനേൽപ്പിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയതാണ് അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രാജ്യം ഭരിക്കാൻ മുഴുവൻ തുടങ്ങി ഭരിക്കാൻ തുടങ്ങി എന്നിട്ടോ യക്ഷേ നികതേ പുനരുത്തമേസ്മഹാത്മാ ഇതിനിടയ്ക്ക് സുരുചിത പുത്രനായ ഉത്തമൻ ഒരിക്കല് കാട്ടിൽ മൃഗയാവിനോദത്തിന് പോയ സമയത്ത് ഒരു പന്നിയെ അമ്പ ചെയ്തു അതേസമയത്ത് യക്ഷന്റെ പുത്രനും അവിടെ വന്നു യക്ഷന്റെ പുത്രൻ വന്നാൽ കുബേരന്റെ പുത്രനും അവിടെ വന്നു ആ പുത്രനും യുദ്ധം എന്താണ് ഇങ്ങനെ അമ്പെയ്തപ്പോ ഞാനാണ് പന്നിയിൽ പിടിച്ചതെന്ന് തർക്കം വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം ഉത്തമന്റെ മരണത്തിൽ കലാശിച്ചു ഇതറിഞ്ഞ ധ്രുവൻ കോപാവേശത്താൽ അവിടെ യുദ്ധത്തിനായിട്ട് പോവുകയും യക്ഷന്റെ ആളുകളെയൊക്കെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മനു അവിടെ എത്തിച്ചേർന്നു എന്നാണ് പറയാണ് വിരദോ മനുക്തിയ മനു വന്ന് പറഞ്ഞതിനു ശേഷം യുദ്ധത്തിൽ നിന്ന് വിരമിച്ചു അര മനു അച്ഛന്റെ അച്ഛൻ മുത്തച്ഛൻ അയാളാണ് മനു ആ മനു ഉപദേശിക്കും ആ ഉപദേശം വളരെ ഗംഭീരമാണ് ഭാഗവതത്തിൽ പറയും ഒരു ഭക്തന് മൂന്ന് ലക്ഷണങ്ങൾ കൂടിയേ കഴിയുള്ളൂ ഭക്തന് ഏതൊക്കെയാണ് അത്രയും തിരിക്ഷയ കരുണയ മൈത്രിയ ഇത് മൂന്നും ഒരു ഭക്തരുണ്ടാവണം തിരീക്ഷാൽ എന്തും സ്വീകരിക്കാനുള്ളൊരു മനസ്സ് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് തിദിക്ഷ തിരീക്ഷ പൊതുവേ നമ്മൾ പറയാ എന്താണ് തിരീക്ഷാൽ പൊതുവേ പറയാ സഹിക്കാനുള്ള കഴിവ് ഇവിടെ അതല്ല ഉൾക്കൊള്ളാനുള്ള കഴിവ് പലരും സഹിക്കുന്നുണ്ട് സഹനം നന്നല്ല അത് നമ്മുടെ മനസ്സിനെ കേടുവരുത്തും നിങ്ങൾ പ്രതികരിക്കാതെ സഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിനെ കേടുവരുത്തും നേരെ പറഞ്ഞാൽ നമ്മൾ പ്രസാദ സ്വീകരിച്ചാലോ അത് മനസ്സിനെ കേടുവരുത്തില്ല നിങ്ങളുടെ മനസ്സറിയും ഇതിനൊന്നും ചിന്തിച്ച് കളയേണ്ട സമയം കളയേണ്ട ഇതെല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് ഞാനിത് അനുഭവിച്ചേ പറ്റുള്ളൂ സ്വീകരിക്കുക അങ്ങനെ ഉൾക്കൊള്ളുന്ന മനസ്സിനെയാണ് പിതീക്ഷയുള്ള മനസ്സ് രണ്ടാമത്തതാണ് കരുണയ കരുണ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന ക്ഷമിക്കാനുള്ള മനസ്സ് തെറ്റ് ചെയ്യുന്നവരുടെ നേരെ ക്ഷമ കാണിക്കുക ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറയാൻ കഴിയുന്നൊരു മനസ്സ് മൂന്നാമത്തേതാണ് മൈത്രിയ മറ്റുള്ളവരോട് മിത്രഭാവം കാണിക്കാൻ സാധിക്കുക മിത്രഭാവം എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷ വയ്ക്കാതെ ജീവിക്കാൻ സാധിക്കുന്ന മനസ്സ് നിങ്ങൾ മറ്റൊരാളെ വലുതായി കാണുമ്പോഴേ നിങ്ങൾ അയാളിൽ നിന്നും പ്രതീക്ഷ വയ്ക്കല്ലോ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി കാണുമ്പോഴേ പ്രതീക്ഷ വയ്ക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഒരു ഒരാളിൽ നിന്നും പ്രതീക്ഷ വെക്കാതെ മറ്റൊരാളുടെ തെറ്റിന് നേരെ സാധിക്കുന്ന മറ്റുള്ളവർ ചെയ്യുന്ന പ്രശ്നങ്ങളെ വേദനകളെ ഭഗവത് പ്രസാദമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് ഭഗവത് ഭക്തിയിലേക്ക് ഉയരാൻ സാധിക്കുന്നു അവരുടെ നേരെ ഭഗവാൻ സംപ്രസീതീ എന്നാണ് പറയുന്നത് അവരുടെ നേരെ പ്രസന്നനായിത്തീരും ഇത് ആരെ ഉതച്ചു കൊടുത്തു സ്വായം ആർക്ക് ഉപദേശിച്ചു കൊടുത്തു പുത്രൻ പൌത്രനായ തിരുവനന്തപുരം എന്നിട്ടോ ശാന്തി കുബേരൻ അടുത്തു കാൽക്കൽ വീണു അദ്ദേഹം അനുഗ്രഹിച്ചു വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഒരു വരം ചോദിച്ചു എന്താ വരം പറയാനെനിക്കൊരു വരം വീണം വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതി ഹരൂസമ്രിയതാം സ്മൃതി എന്നാണ് എനിക്ക് ഇനി മുതൽ ഭഗവാന്റെ പാതാരീതത്തിൽ ദൃഢമായ ഭക്തി ഉണ്ടാവണം എന്ന് വെച്ചാൽ എന്താണ് എന്റെ കൂടെ എപ്പോഴും ഭഗവാനുണ്ടെന്ന ബോധം തുൽഭക്തിമേവ സൃതം ഭഗവാൻ കൂടെയുണ്ടെന്ന ഭക്തി സുതലമായി തീരണം എന്ന് ആവൃണോൻ മഹാത്മാ ഇങ്ങനെയൊരു വരം ചോദിച്ചു എന്നാണ് എന്നിട്ടോ അന്തേവൽ പുരുഷനീത വിമാനയാതോ മാത്രമം ധ്രുവപദേം സനപാലനോലീസ്തം യാതിമ നിരുമ കാലം കുറെപ്പോയി രാജ്യം പുത്രനേൽപ്പിച്ചു അര തുടനും ഇവർ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ അദ്ദേഹം തപസ്സിന് വേണ്ടി തെരഞ്ഞെടുത്തത് ആശ്രമമാണ് അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിവീത പുരുഷ വിമാനയാദോ അവിടേക്ക് ആരെ ഇറങ്ങി വന്നു വിമാനം ഇറങ്ങിവന്നു എന്നിട്ടോ ആ വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് ധ്രുവനോട് പറഞ്ഞ സമയത്ത് ഒരു നിമിഷം കയറിയതും ധ്രുവൻ അവിടെ നിന്നു രുചി എന്താ കയറാത്തതെന്ന് പറഞ്ഞു എനിക്കിങ്ങോട്ട് കയറാനുള്ള യോഗ്യതയൊക്കെ നേടിത്തന്നത് അമ്മയാണ് അമ്മയില്ലാത്ത വിമാനയാതൊന്നും എനിക്ക് സ്വർഗമൊന്നും വേണ്ട ആ സമയത്ത് പാർഷവന്മാര് മറ്റൊരു വിമാനം കാണിച്ചു കൊടുത്തുവെന്നാണ് ആ വിമാനത്തിൽ ആരെ കണ്ടു അമ്മയെ കണ്ടു അപ്പൊ താൻ നേടിയിരിക്കുന്നതെല്ലാം തന്നെക്കാൾ മുമ്പ് അമ്മ നേടിയത് കണ്ട് ആ അമ്മയെപ്പോഴും തൊഴുതു ത്രുവൻ എന്ന് ഇപ്രകാരം സ്വഭത്യജനപാലനോലധി തന്റെ ഭക്തനെ പരിപാലിച്ചുയർത്തിയ ഏ ഗുരുവായപ്പ എന്നെയും എല്ലാ രോഗത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് ഉയർത്തിയാലും എന്ന് പറഞ്ഞപ്പോൾ സംവരിപ്പിക്കുകയാണ് ഇവിടെ ധ്രുവനെ ഉയർത്തിയത് മുഴുവൻ ആരാണ് സുനീതിയാണ് ആ സുനീതിയെ മരണസമയത്ത് ആര് മാർത്തവും ദ്രുവനും വാർത്തവും പറയണം ഇതായിരിക്കണം കുടുംബജീവിതം നമ്മൾ മറ്റൊരാളെ തളർത്തുന്നവരാവരുത് നമ്മളൊരാളെ ഉയർത്തുന്നവരാണ് നമ്മൾ ഉയർത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഉയർന്നിരിക്കണം നമ്മൾ ഉയരണമെങ്കിൽ ലോകം നമ്മളെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നാം ആരെ പിടിച്ചിരിക്കണം ഭഗവാനെ പിടിച്ചിരിക്കണം ഭഗവാനെ പിടിച്ചൊരാൾക്ക് മാത്രമേ സ്വയം തളരാതെ മറ്റൊരാളെപ്പോലും ഉയർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ധ്രുവകഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സുനീതി ധ്രുവൻ ഈ രണ്ട് പേരുകൾ നോക്കിയാൽ തന്നെ ശരിയാണ് സുനീതി എന്ന് പറഞ്ഞാൽ ഒരു നീതിയിൽ ജീവിക്കുന്നവള് നീതി എന്ന് പറഞ്ഞാൽ വ്യക്തമായ ബോധത്തോടെ ജീവിക്കുന്നവള് അറിവോട് ജീവിക്കുന്നവള് തന്റെ ബന്ധുവായി കൂടെ ഉള്ളത് മാത്രമാണെന്ന ബോധം ഉറച്ചവരെയാണ് സുനീതി അത് മുറുകെ പിടിക്കുക ധ്രുവൻ എന്ന് പറഞ്ഞാൽ ധ്രുവത്വം എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക എന്നർത്ഥം അതിനെ തന്നെ മുറുകിടിക്കുന്നവരെയാണ് വ്യക്തമായ ബോധം ഉറച്ചവരും അതിനെ മുറുകെപ്പിടിച്ച് ജീവിക്കുന്നവരെയാണ് സുനീതി എന്നും ധ്രുവൻ എന്നും പറയുന്നത് ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതവും നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ ഓരോ കഥകളും നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ജീവിതത്തെ നമുക്ക് ശരിക്കും നല്ലൊരു ഉത്കൃഷ്ട ജീവിതമായി തളരാതെ പതറാതെ കൊണ്ടുതടക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പ്രതീക്ഷയിൽ ജീവിക്കും എന്റെ പ്രതീക്ഷ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ ദൈവം നേടിത്തരും എന്റെ ഭാര്യയും മക്കളും എല്ലാവരും എല്ലാ കാലത്തും എന്നെ സ്നേഹിക്കും എന്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കില്ല എന്റെ ഭഗവാൻ ഇങ്ങനെ ഫ്രീസ് ചെയ്ത പോലെ ഇരുത്തും എന്നൊക്കെ ഉള്ളൊരു തെറ്റായിട്ടുള്ള ധാരണയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതികൂലമായി വല്ലതും സംഭവിച്ചാൽ നമ്മളിരുന്ന് പലരും കരയും എല്ലാം ഉണ്ടാവും പക്ഷെ മാനസികമായി ഒന്നും ഉണ്ടാവില്ല ദുഃഖവും വിഷമങ്ങളും ആരോടും പറയാൻ പറ്റാതെ ഇതെല്ലാം മനസ്സിൽ കൊണ്ടു നടന്ന് സ്വയം ഇങ്ങനെ നരകിച്ച് നരകിച്ച് നരകിച്ച് നമ്മൾ ജീവിക്കുന്നു പറയുക അതല്ല ജീവിതം നമ്മൾ ആസ്വദിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ആർക്ക് വിട്ടുകൊടുക്കണം ഭഗവാനെ വിട്ടുകൊടുക്കണം പതിനെട്ടാമത്തെ ദശകം പൃഥുചരിതംകുല ഏവതുകീർത്തെ അംഗസ്യാമോ നിഹിതമനാവണം ധ്രുവന്റെ വംശാവലിയെക്കുറിച്ച് പറയാണ് ധ്രുവകുലേ ധ്രുവന്റെ കുലത്തിൽ ജാതസ്യ ജനിച്ച തുങ്കകീർത്തേ അങ്കസ്യ തുങ്കവംശത്തിൽ ആ രാജവംശത്തിൽ ഒരു രാജാവ് അയാളുടെ പേരായിരുന്നു അങ്ക ആ അങ്കരാജാവിന്റെ പുത്രനായിരുന്നു വേനനാമസുധ അയാള് വേനനാമൻ എന്ന പേരുള്ള പുത്രനെ കിട്ടിയേക്കു അയാള് ദോഷവിധിത ആ കുട്ടിയിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അച്ഛനെയും അമ്മയെയും നാട്ടുകാരെയൊക്കെ വേദനിപ്പിക്കുന്ന സ്വഭാവമായിരുന്നു ആർക്ക് വേനല് അത് കണ്ടപ്പോ രാജവല്യ തൊൽപാതെ മികിത മനാപഥം കത്തു ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ച് ഇങ്ങോട്ട് പോയി വനത്തിലേക്ക് പോയി അപ്പൊ നമ്മുടെ പൂർവികന്മാര് പറയുന്നത് നമ്മളെ വീട്ടിൽ ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിൽക്കരുതെന്നാണ് അപ്പൊ വല്ലവരൊക്കെ വല്ല കുത്തുവാക്കുകളൊക്കെ പറയുമ്പോണ്ടല്ലോ അധിക നേരം അവിടെ നിന്ന് സമയം കളയരുത് എന്ത് വേണം അതെല്ലാം വിട്ട് എങ്ങോട്ട് പോകണം വനത്തിലേക്ക് പോകണം ഇപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ വീരപ്പൻ പോയ സമയമാണ് അങ്ങനെയാണോ വനത്തിലേക്ക് പോകേണ്ടത് അല്ല എന്തിന എന്തിനു വേണ്ടി പോകണം ആധ്യാത്മികമായി ഉയരാൻ നമ്മൾ വിട്ടോണം വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിൽക്കരുത് പണ്ടുള്ള പൂർവികര് വരെ വീട് നേരെയാക്കാനിരിക്കരുത് പിന്നെ വീട് നേരെയാക്കാനിരുന്നാൽ നമ്മൾ നേരെയാവില്ല വീട്ടുകാരും നേരെയാവില്ല അപ്പൊ അതുകൊണ്ട് ഈ ധീരൻ ധീരുവിന്റെ നേരെ ചേർന്നാൽ വേണമെങ്കിൽ ധീരനെയും ധീരുവാക്കാം ഒരു കൈകേയി മന്ധരയുടെ കൂടെ ചേർന്നപ്പോ കൈകേയം മന്ധരയുടെ നിലത്തിലായി അല്ലേ എന്നാൽ ധീരന്മാരുടെ കൂടെ ഭീരു ചേർന്നാൽ ധീരുവും ധീരനും രത്നാകരൻ സപ്തർഷികളുടെ കൂടെ ചേർന്നപ്പോ രത്നാകരൻ ഒരു വാൽമീകിയും മാറി ഇതുപോലെ നമുക്ക് കുറച്ചൊരു സംസ്കാരം ഉള്ളത് അത് വീട്ടിലെ നേരെയാവില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെ കൂടെ അധികനേരം ഇരിക്കരുത് നമുക്ക് പലപ്പോഴും ഒരു സംശയം വരുന്നതാണ് കടമയും അതുപോലെ തന്നെ ആത്മീയതയും കടമ എത്ര നേരം വരെ ഉണ്ട് എന്നുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ആത്മീയമായി ഉയരാൻ പ്രശ്ന വന്നോ അതോടുകൂടി കടമ കഴിഞ്ഞുകൊണ്ട് അതുവരെയുള്ള കടമ ഭാരതത്തിലെ മീരാഭായിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളോ അല്ലേ മീരാഭായിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ രാജാവിന്റെ ഭഗ്നിയായിരുന്നു രാജസ്ഥാനിൽ രാജാവിന്റെ ഭഗവാൻ ശ്രീ ഏറ്റവും അടുത്തൊരു ഭക്തിയെന്ന് അവര് ശരീര വൃന്ദാവനത്തിലാണ് അത്രയും ശ്രേഷ്ഠയായിട്ടുള്ള ഭക്ത ഭഗവാൻ കൃഷ്ണനെ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു അത് വന്നപ്പോ പിന്നെ രാജാവ് എന്നോ കടമയൊന്നുമില്ല കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി എന്നാണ് പിന്നെ ഇറങ്ങി എന്ന് നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനൊരു തൃഷ്ഠ വരുന്നുണ്ടോ അതോടുകൂടി കുടുംബകടമകൾ കഴിഞ്ഞു പിന്നെ കുടുംബമില്ല ഈ കുടുംബ കടമ ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് തോന്നിട്ടില്ല ഭഗവാനിലേക്ക് അടക്കാനുള്ള സമയമായിട്ടില്ല അതർത്ഥം